ഒരു യന്ത്ര യന്ത്രമല്ല നമ്മൾ എന്ന് പറയാ നമുക്കെന്തുണ്ട് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് വികാര വിചാരങ്ങളുണ്ട് ഈ ലോകത്തെ അനുഭവിക്കേണ്ടവരാണ് നമ്മൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്തെ അനുഭവിക്കാതെ പോകുന്നവർ ഒരു സാവകാശം എന്താ ഈ സാവകാശം വേണ്ടത് നമ്മുടെ സന്താനങ്ങൾ പോലും യാന്ത്രികമായി ആവിർഭവിച്ചവരാണ് അവരോട് കൂടെ കഴിയുന്നതും അങ്ങനത്തെ കുട്ടികളുടെ കൂടെയൊക്കെ മതി മതി മതി ഭയം കൊണ്ടുപോയിക്കൊണ്ടുപോയിക്കാം എനിക്ക് ഒരുപാട് സംഗതികളുണ്ട് മതി മതി കുട്ടിയെ കളിപ്പിച്ച മതി എന്ന് പറഞ്ഞുപോയി കൊണ്ടുപോയി ഭാര്യ പറയാം കുറച്ചു നേരം കൂടെ മടിയിൽ ഇരിക്കട്ടെ എന്നെ പിന്നെ ഒരു നോട്ടാണ് അല്ലേ തനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള മറ്റുള്ള ഇദ്ദേഹത്തിന് ഒറ്റ കാര്യമുള്ള ഓഫീസ് എന്നിട്ട് ഓഫീസിന് ഇദ്ദേഹത്തിന് ആരെങ്കിലും വേണോ അതും വേണ്ട ഈ മനുഷ്യനൊന്ന് പോയി കിട്ടിയാൽ അദ്ദേഹം ഓഫീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിക്കണം അവസാനമാണ് അറിയ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് അവസാനമാണ് ജി എം പി ആവുന്നത് എന്ന് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഭാര്യയോടൊത്ത് കഴിയാനുള്ള സമയം കണ്ടെത്തുക ഭർത്താവിന്റെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തുക കുട്ടികളോടൊപ്പം അയൽക്കാരനോടൊപ്പം അധികം ഇരിക്കണ്ട വലിയ നല്ലതല്ല അതെ ഇപ്പൊ അതിലാണ് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുന്നത് വീട്ടിൽ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടട്ടെ ഈ ഓട്ടൊന്ന് മതിയാക്കും അടക്കമില്ലായ്മ അടക്കമില്ലായ്മയാണ് ഇവിടെ അടിവരയിടേണ്ടത് അശമ ഒരു നിയന്ത്രണത്തിന് വിധേയമല്ല എന്ന് പറയുക ആരെങ്കിലൊന്നും നമ്മളെ നിയന്ത്രിക്കട്ടെ ഇല്ല ഓടുന്നു ഓടുന്നു ഓടണു वृत्तिम से तमसी एक जायते विवृद्धे േ ഗുരുനന്ദന അല്ലയോ അർജുന കുരു ശ്രേഷ്ഠ അല്ലെങ്കിൽ കുരുവംശത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും യോഗ്യനായ അനുകരണീയനായിട്ടുള്ള അല്ലയോ അർജുന തമസി വിവൃദ്ധേ തമസി തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് വിവൃദ്ധയെ അപ്രകാശ അപ്രകാശ എന്ന് പറഞ്ഞ അജ്ഞത വെളിവില്ലായ്മ അപ്രവൃത്തി പ്രവൃത്തി ഇല്ലായ്മ അലസത ഒയ്യോ ഒന്നും അങ്ങോട്ട് തല എങ്ങനെ അങ്ങോട്ട് പോകും ഇന്ന് ഓഫീസ് പോകണ്ടേ മാത്തി ഒന്നിനും എന്താ ഇതിന് കാരണം എന്ന് വെച്ചാൽ ഭഗവാൻ ഇനി പറയാൻ പോകുന്നുണ്ട് ഇത് ഗീത വളരെ അടുക്കും ചിട്ടയിലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഭക്ഷണമാണ് ഇതിൻ്റെ മൂല കഴിക്കുന്നത് അജാദിയാ മണം കേട്ടാ കിറങ്ങിയടിക്കും ഉത്തമ ഉദാഹരണം ആ ഫ്രിഡ്ജ് അതൊന്ന് തുറന്നിട്ട് ഒരഞ്ചു മിനിറ്റ് അതിന്റെ അടുത്ത് നിന്നാ മതി ഈ ഇതൊന്നും വേണ്ട നമ്മുടെ ക്ലോറോഫോമോ ക്ലോറോഫോമൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കാതെ തോന്നുന്നുണ്ട് സ്വാമി അതിനെ ആ ഫ്രിഡ്ജിൽ നിന്നുള്ള ഒരു ഉപകരണത്തെ സ്വാമിക്ക് അറിയോ ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ അറിയാം സ്വാമി അതായത് അങ്ങനെയല്ല നമ്മൾ എന്തിനാ ഈ അനാവശ്യമായിട്ട് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതാ അതിൻ്റെ ഉള്ളിൽ തള്ളി വയ്ക്കുന്നത് സ്വാമി നിങ്ങൾ അരച്ച് വെക്കുന്ന മാവ് അരച്ച് വെക്കുന്നതിന് എതിരൊന്നുമല്ല എന്നാലും സ്വാമിക്കറിയോ കരണ്ടൊക്കെ ചില ലാഭിക്കാൻ അങ്ങനെ എന്നിട്ട് എത്ര ലാഭം നിങ്ങൾ ചെയ്യുന്നുണ്ട് പേരിതൊക്കെയാണ് പക്ഷെ എന്തിന് ഒരാഴ്ചയ്ക്കുള്ള സാമ്പാർ ഉണ്ടാക്കുന്നത് തിങ്കളാഴ്ച ഞായറാഴ്ച ഇല്ലേ നമുക്ക് ഒരു കാലത്ത് നൂല് ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടാക്കാം നൂ നൂലൊക്കെ നിന്ന് വരും കണ്ടുപിടിക്കുന്നു ഇതൊക്കെയാണ് അത്ര ഏറ്റവും തമസ് ആകർഭവിക്കുന്നത് ഇതിൽ നിന്നാ അത് പറയ പറയുന്നുണ്ട് താമസപ്രിയന്റെ ഭക്ഷണത്തെക്കുറിച്ച് കേൾക്കുമ്പോ നല്ല രസമായിരിക്കും സൂര്യൻ ഉദിച്ചോന്ന് ടോർച്ചടിച്ചു നോക്കും അങ്ങനെയാണ് ആൾക്കാർ അത്രയും കാഠിന്യ മാറുന്നതായിരിക്കും താമസ് എന്ന് പറയാം അതിന്റെ അളവൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം ചില സമയത്ത് ഇതങ്ങോട്ട് പിടികൂടും ചില സമയത്തല്ല ചിലരെ സംബന്ധിച്ച് എപ്പോഴും ഇത് തന്നെയാണ് വല്ലപ്പോഴൊക്കെ ഒരു രണ്ട് ഗ്ലാസ് പാലടയൊക്കെ കഴിച്ചാൽ ഇങ്ങനെ സംഭവിക്കാം അല്ലേ പക്ഷെ രാവിലെ തന്നെ ഒരു എട്ട് ഇഡലിയും സാമ്പാറും ഇഡ്ഡലിയും ഒരു രണ്ട് നേന്ത്രപ്പഴം പുഴുങ്ങിയതും അതിൻ്റെ മുകളിലൊരു ചായയും കൂടെ കുടിച്ചാൽ ഈ ലക്ഷണം മനസ്സിലാവും ഓരോന്നും ഓരോന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ സ്വാമി പറഞ്ഞു രജോഗുണം മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് മുളക് പൊടി മതി ോട്ടം നമുക്ക് മനസ്സിലാവുന്ന പറയാം സത്വഗുണം നമ്മെ സ്വാധീനിച്ചാൽ ഏത് പ്രകാരത്തിൽ നാം ലോകത്തോട് പ്രതികരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു യഥാ സത്വേ പ്രവൃത്തി പ്രളയം തദോത്തമവിധ ലോകാൻ അമലാൻ പ്രതിപദ് യഥാ സത്വേ പ്രവൃേയു പ്രളയം യാതി ദേഹഭൃത് തഥ ഉത്തമവിധാം ലോകാൻ അമലാൻ പ്രതിപാദ്യ സത്വേ പ്രവൃേയതു സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് വർദ്ധിച്ചിരിക്കുമ്പോഴാകട്ടെ ദേഹഭൃത് ദേഹഭൃദ് എന്ന് പറഞ്ഞ ദേഹത്തെ ധരിച്ചിരിക്കുന്ന ദേഹി യഥാ പ്രളയം യാതി എപ്പോഴാണോ നശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവന്റെ ദേഹത്തിന്റെ നാശത്തിൽ ദേഹപതനാനന്തരം എന്ത് സംഭവിക്കുന്നു തഥാ ഉത്തമവി ഉത്തമവിധാം അമലാൻ ലോകാൻ പ്രതിപദ്യതേ ഉത്തമമായ ജ്ഞാനികളുടെ പരിശുദ്ധമായ ഭാവങ്ങളെ അമലാൻ ലോകാൻ ലോകങ്ങളെ അനുഭവങ്ങളെ പ്രതിപദ്യതേ പ്രാപിക്കുന്നു അപ്പൊ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ദേഹഭ്രതേയഥാപ്രളയം വ്യാതി എപ്പോഴാണോ ശരീരത്തിൻ്റെ നാശത്തിൽ ശരീരത്തിൻ്റെ നാശം എന്ന് ഉള്ളതിന് രണ്ട് പ്രകാരത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയണം എന്ന് പറയാം ഒന്ന് ശരീരത്തിൻ്റെ ഈ ശരീരത്തിൻ്റെ നാശവും രണ്ട് ശരീരജ്ഞാനെന്ന അറിവിൻ്റെ നാശവും അങ്ങനെയാണ് തത്വവിചാരം ചെയ്യുമ്പം ദേഹോ നാഹം കോഹം സോഹം ഇത് തന്നെ ഞാൻ ശരീരമല്ല മനോബുദ്ധികളല്ല അതിനപ്പുറത്തുള്ള സത്വമാണ് അവിടെയാണ് അമലാൻ ലോകാൻ പ്രതിബദ്ധ്യത അപ്പോൾ ആ ലോകങ്ങളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ശരീരം വിട്ട് വേറൊരു ശരീരത്തെ എന്ന് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠം യോഗ്യമായിട്ടുള്ളത് നമ്മൾ വേറെ നേരത്തെ പറഞ്ഞുവല്ലോ എവിടേക്ക് നാം ഉയരുന്നു പദാർത്ഥ ലോകങ്ങളിൽ നിന്ന് ആത്മലോകത്തിലേക്ക് നാം ഉയരുന്നു അവിടെ എന്തില്ല മരണമില്ല എന്ന് പറയാ ഈ ഒരൊറ്റ വഴി മാത്രമാണ് മരണത്തെ ചെറുത്തു നിൽക്കാനുള്ളത് മരണത്തെ ചെറുത്ത് നിൽക്കുക എന്നത് ഇൻഷുറൻസ് കമ്പനിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം അവര് പറയും ലൈഫ് ഇൻഷുറൻസ് പക്ഷെ അത് തെറ്റായിട്ടുള്ള കുറയോക്കാം അത് നിങ്ങൾക്ക് നമുക്ക് അറിയാലോ അല്ലേ മരണ അനന്തരണത് കിട്ടുന്നത് എന്ന് പേര് ലൈഫ് ഇൻഷുറൻസ് എന്നാണെങ്കിലും അതുകൊണ്ട് ഒരു ഒരു ഇൻഷുർ കമ്പനിക്കും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല മരണത്തെ ചെറുത്തു നിൽക്കാൻ സാധിക്കില്ല ഭഗവാൻ പറയുന്ന ഈ ഒരു വഴി ഈ ഒരു വഴി മാത്രമാണ് മരണത്തിനപ്പുറത്തേക്ക് കടക്കാൻ അതുകൊണ്ട് പ്രളയം യാതി എന്ന് പറയുമ്പം ശരീരത്തിൻ്റെ പതനം എന്ന് പറയുമ്പം ഞാൻ ശരീരമാണ് എന്നതിൻ്റെ പതനം തന്നെ ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന അറിവിലേക്ക് ഉയരുക തുടർന്ന് रजसी प्रलय गिषु तथासी रजसी प्रलय गिषु जायते तथा प्रलीन तमसी मूढ़ोनिषु जाये रजसी विवर्धे रजोगुण വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് പ്രളയം ഗത്വ നാശത്തെ പ്രാപിച്ചിട്ട് ക്രമിച്ചിട്ട് കർമ്മസംഖ്യഷു കർമാസക്തന്മാരിൽ ജായത് ജനിക്കുന്നു അപ്പൊ കർമാസക്തന്മാരിൽ ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരം ഈ അറിവില്ലാത്ത കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാ പലതും തേയ്മാനം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ തേയ്മാനം സംഭവിക്കില്ല ഡിസ്ക് ഒക്കെ നട്ടല്ല് തന്നെയാ തേഞ്ഞു പോണത് പണ്ട് ഇങ്ങനെ ഒരു തേയ്മാനത്തിന്റെ ഇത് കേൾക്കാറില്ലായിരുന്നു ഇപ്പോഴെല്ലാവർക്കും തേയ്മാനമാണ് ഇതിലാരെങ്കിലൊക്കെ തേമാനം സംഭവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇല്ലേ ഇത് തേഞ്ഞു പോകുന്നത് നമുക്ക് അത്ഭുതം തോന്നും ഇല്ലേ അത് എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്ന് പറയാം എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് നമ്മുടെ ജീവിത രീതിയിലൊക്കെ നല്ല മാറ്റങ്ങൾ നാം കഴിക്കുന്ന ഭക്ഷണത്തില് നമ്മുടെ ദിനചര്യയില് നമ്മളിപ്പോൾ നിലത്തിരിക്കുന്നതൊക്കെ വളരെ കുറവാണ് നമ്മളോട് ആരോ ചോദിച്ചാൽ സ്വാമി ഇങ്ങനെയാണ് ഒന്നര മണിക്കൂർ ഇങ്ങനെ ഇരിക്കണതെന്ന് ഒന്നര മണിക്കൂർ ഇങ്ങനെ ഇരിക്കുന്നത് വലിയൊരു അത്ഭുത അത്ര മണിക്കൂർ നമുക്ക് ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ ഇരിക്കാൻ വളരെ സുഖമാണ് നിങ്ങൾക്കും അത് സാധിക്കാൻ വിഷമമൊന്നുമില്ലല്ലോ നിങ്ങൾ ഇരിക്കാറുള്ളതല്ലേ ഇങ്ങനെ അല്ലേ പക്ഷെ ചിലരെ സംബന്ധിച്ച് ഇങ്ങനെ ഇരിക്കുക വലിയ ബുദ്ധിമുട്ടാണ് പണ്ടൊക്കെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ടാണല്ലോ ഊണ് കഴിക്കുക അല്ലെ പലക ഉണ്ട് പലക എന്ന് പറഞ്ഞ സാധനമൊന്നും ഇപ്പൊ ഇല്ല നിലത്ത് ഇരുന്ന് ഊണ് കഴിക്കാനുള്ള സാധനം ഓരോരുത്തർക്കും ഓരോ പലകുണ്ടാവും അപ്പഴതൊന്നുമില്ല പറ്റിയ നിന്ന് കഴിക്കുന്നു തട്ടുകടയൊക്കെ അങ്ങനെയാണല്ലോ തട്ടുകട എന്നാണ് ഇപ്പൊ രജസി പ്രളയം ഗത്വ ആ രജസ് നാശത്തെ ഗണിച്ചിട്ട് പ്രാപിച്ചിട്ട് കർമ്മസംഖിഷു ജായതെ കർമാസക്തന്മാരിൽ ജനിക്കുന്നു തഥാ തമസി അപ്രകാരം തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് പ്രളീനഹ മൃതന ഈ മരണത്തിന്റെ കാര്യത്തെ പറയാ മരിക്കുന്നത് അതിലാണ് എങ്കിൽ മൃതി അടയുന്നത് ആ ഭാവത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ മൂടയോനിഷു ജായതെ മൂടയോനികളിൽ ജനിക്കണോ അതെന്താ സ്വാമി അങ്ങനെ കാരണം സ്വാമി എന്റെ ഇന്നലെ പറഞ്ഞത് സർവയോനീഷു എല്ലാം എന്താ പറയുക ബ്രഹ്മയോനിയാണെന്ന് ഇപ്പൊ മൂടയോനിയെന്ന് പറഞ്ഞു അങ്ങനെയൊരു യോനിണ്ടോ അതേ എന്ന് പറയാ ഈ അജ്ഞാനികളുടെ സന്താനങ്ങളായിട്ട് ജനിക്കുന്നു പിന്നെ എങ്ങനെയിരിക്കും ഡോക്ടർ അജ്ഞാനി അവന്റെ മകനോ സ്വാഭാവികമായിട്ടും അവനും അജ്ഞാനി തന്നെ എന്ന് പറയാം ഡോക്ടർ അജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനത്തില് ഡോക്ടറേറ്റ് എടുത്തവെന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഡോക്ടർ അല്ല സ്വാമി എന്ത് പറയുമ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട് അതായത് ആറ് അങ്ങനെ ഇരിക്കുന്ന ഒരുവൻ്റെ പുത്രനായിട്ട് ജനിക്കുന്നു എങ്ങനെയാണ് അത് എന്ന് ചോദിച്ചാൽ ഒരു ഒരു വളരെ രസമായിട്ടുള്ളൊരു ഇപ്പം നിങ്ങൾ രാമായണത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ രാമായണം അല്ലെങ്കിൽ മഹാഭാരതം ഇത്തരത്തിലുള്ള മൂന്ന് ഗുണങ്ങളുടെ മൂന്ന് ഗുണങ്ങളുടെ പ്രതീകങ്ങളാണ് കുംഭകർണനും വിഭീഷണനും അതുപോലെ രാവണനും രാവണൻ രജോ ഗുണ പ്രധാനിയാണ് അതുപോലെ വിഭീഷണൻ സത്വഗുണ പ്രധാനിയാണ് കുംഭകർണൻ തമോ ഗുണ പ്രധാനിയാണ് മൂന്ന് ഗുണങ്ങളെയും കൊണ്ടും എന്താണ് കഥ ചമച്ചിരിക്കുകയാണ് ആത്മീകിയും വ്യാസനുമൊക്കെ അപ്പൊ അങ്ങനെ കുംഭകർണന്റെ പരിപാടി എന്താ ഏതു നേരം ഉറക്കം നിദ്ര അവരച്ഛന്റെ മക്കളാണ് ആരുടെ മക്കളാണ് ഭഗവാന്റെ സാക്ഷാത് ഭഗവാന്റെ കുട്ടികളാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ആ ഭഗവാനിൽ നിന്ന് ഈ തത്വത്തെ കഥയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിനെ അങ്ങനെ അവതരിപ്പിക്കേണ്ടതുണ്ട് ഇവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അവിടെ കാണിച്ചു തരുന്നുണ്ട് ഏത് എത്തരത്തിലാണ് മൃത്യുവിനെ സ്വീകരിക്കുന്നത് ചിലർ മൃത്യുവിൻ്റെ അടുത്തേക്ക് പോവും ചിലർ മൃത്യു വന്നു കഴിഞ്ഞാൽ മൃത്യുവുമായിട്ട് സംഭാഷണം ഉണ്ടാവും അങ്ങനെ ഒരിക്കലൊരാള് കടയിലെ സാധനം മേടിക്കാൻ പോയി കടയിൽ സാധനം മേടിക്കാൻ പോയ സമയത്ത് മാർക്കറ്റിലോ എവിടെയോ ചന്ദ ചെന്നയിൽ വെച്ചിട്ട് മൃത്യുവിനെ കണ്ടു എന്നാ കണ്ടപ്പോൾ മനസ്സിലായി എന്നാൽ കഥ അങ്ങനെയാണ് പറയുന്നത് അപ്പം ഇദ്ദേഹം തിരിച്ചു പോന്നു എന്നാ പേടിച്ചിട്ട് തിരിച്ചു പോകുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ അവിടെ വെച്ച് ഇയാളെ കണ്ടു ഇങ്ങനെ മൃത്യുവിനെ കണ്ടു അതുകൊണ്ട് എനിക്ക് വേഗം എത്രയും പെട്ടെന്ന് ഒരു ടിക്കറ്റ് എടുത്തു തരണം ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയിക്കോളാം എന്നാണ് ആ എന്ന് പറഞ്ഞു ഇതിനെ തമിഴ്നാട്ടിലേക്ക് അടുത്ത വണ്ടിയിൽ പറഞ്ഞു വിട്ടു എന്നിട്ട് ഇത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഇവൻ്റെ ബോസ് മാർക്കറ്റിൽ ചെന്നാണ് മാർക്കറ്റ് ചെന്ന സമയത്ത് മൃത്യു അവിടെയുണ്ട് അപ്പം മൃത്യുവിനോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ എൻ്റെ ജോലിക്കാരനെ അങ്ങ് പേടിപ്പിച്ചത് ഇവിടെ ഇരുന്നുകൊണ്ട് അപ്പം മൃത്യു പറഞ്ഞു ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു അവനെ ഇവിടെ കണ്ടിട്ട് കാരണം ഞാൻ നാളെ മദ്രാസ് വെച്ച് കാണാമെന്ന് വിചാരിച്ചിരുന്ന അവനെങ്ങനെ ഇവിടെ എത്തി ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു ഇപ്പൊ ഒരു രക്ഷയിൽ രക്ഷപ്പെടാൻ പറ്റില്ല നമ്മൾ സ്വീകരിക്കുന്ന വഴികളെ കുറിച്ച് പറയുക അവിടെ എപ്പോഴെങ്ങനെയാണ് നാം മരിക്കുന്നത് അത് ശരീരത്തെ ഉപേക്ഷിക്കുന്ന ഒരു വേളയുണ്ടല്ലോ അത് ഞാൻ ശരീരമാണ് എന്ന അറിവോടുകൂടി ഉപേക്ഷിക്കല് ശരീരത്തിന് എന്തെങ്കിലും തളർച്ചകളും മറ്റും പറ്റുന്ന സമയത്ത് ഞാൻ ആകെ തളർന്നു എന്ന അറിവോട് കൂടിയിട്ട് പിന്നെയോ പിന്നെ ഇതാ പൂർണ്ണമായ അജ്ഞാനം ശരീരം പോലും എന്താണെന്ന് അറിയില്ല അങ്ങനെയുണ്ട് അത്തരത്തിലുള്ള അജ്ഞാനമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു മനുഷ്യനാണെന്ന് അറിയാൻ തന്നെ കുറച്ച് സമയം എടുക്കും അതാണ് മൂടയോപനിഷം എന്ന് പറഞ്ഞത് ഏത് ഏത് വെറൈറ്റിയിൽ പെടുന്നു താൻ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റായിക ഉപനിഷത്തിൽ ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഉപനിഷത്തിലും അതുപോലെ സമാനമായിട്ടുള്ള പല പുരാണ കഥകളിലും ഈ ഒരു ആശയത്തെ അവരവതരിപ്പിക്കുന്നുണ്ട് ഉപനിഷത്തിൽ പറയുന്നത് സിംഹത്തിൻ്റെ കുട്ടി ഒരിക്കൽ ഒരു സിംഹം വേട്ടക്കാരൻ വേട്ട ആടുന്ന സമയത്ത് പ്രസവിക്കാനായിട്ടുള്ളൊരു സിംഹമായിരുന്നു അത് പ്രസവിച്ചു എന്നിട്ടത് എന്തോ അതിനെ വേട്ടയാടും എന്തോ ചെയ്തു എന്തായാലും കുട്ടി സിംഹം ആട്ടിൻകുട്ടികളുടെ കൂടെപ്പെട്ടു എന്നാണ് ആടൻ കുട്ടികളെ പോലെ അത് പുല്ലും തിന്ന് വെള്ളവും കുടിച്ച് അങ്ങനെ കഴിയുക അതിൻ്റെ സിംഹ ഭാവം പൂർണ്ണമായിട്ട് മറന്നു എപ്പോഴും ഒരു സിംഹത്തെ കണ്ടപ്പം തന്നെ ആ സിംഹം ഇവനെ നോക്കി ഇവനെന്ത് ഈ ആട്ടും കൂട്ടത്തിൻ്റെ കൂട്ടത്തിലേ അത്ഭുതം അവരെ സംബന്ധിച്ച് ഈ കൂട്ടത്തിലൊന്നും ഇരുന്നൊരു ഫോട്ടോ എടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അങ്ങനെ അവസാനം ആടിനെ പിടിക്കുന്നതിന് താല്പര്യം ആടിനേക്കാൾ താല്പര്യം സിംഹത്തിന് ഈ സിംഹത്തിനെയായിരുന്നു കഴുത്ത് പിടിച്ച് അവനോട് പറഞ്ഞു തന്ന തത്വ മസീന്ന് നീ അതാകുന്നു പക്ഷെ അവന് പേടിയായിരുന്നു അവൻ സിംഹം വരുമ്പോ ഓടുകയായിരുന്നു എന്ന് പറയാ മറ്റുള്ളവരെ ഓടുമ്പ ഇതുപോലെ കോഴിക്കൂട്ടില് പരുന്തും പരുതിന്റെ മുട്ട വിരിയുന്നത് കോഴിക്കുട്ടികളുടെ കൂടെ വിരിഞ്ഞ എന്താ പരു പരുതിന്റെ കുട്ടി കോഴി ത തള്ള കോഴി പറഞ്ഞു കൊടുക്കാണ് പരുന്തിൽ നിന്ന് രക്ഷ നേടാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കെ പറക്കുന്ന പരിന്തിനെ കണ്ടപ്പോ ഈ പരുന്ത് കുട്ടി ചോദിച്ചു അത്രേ അമ്മ അത് ആരാണ് എന്ന് പറയോ അയ്യോ അത് സ്വപ്നം കാണാൻ പറ്റില്ല അത് പരുന്താണെന്ന് ആരോടാ പറയണത് പരുന്തിനോട് മൂടയോനിഷു ജനിച്ചത് പരുന്തായിട്ടാണെങ്കിലും പക്ഷെ ഇതുപോലെ മനുഷ്യന്മാരുണ്ടെന്ന ദുർലഭം മാനുഷം ദേഹം ദുർലഭമായിട്ടുള്ള മാനുഷദേഹം കിട്ടി പക്ഷേ പ്രയോജനം നാസ്തി പ്രയോജനമില്ല എന്നെ ഭഗവാൻ പറയുന്നത് മൂടയോനുഷു ജായതേ എന്ന് പറയുമ്പം സാധ്യതകളെ ആവിഷ്കരിക്കാത്ത ഒരുവൻ അവനിലെ അനന്ത സാധ്യതകളെ ആവിഷ്കരിക്കാതെ ലോകത്തിനും തനിക്കും ഒന്നും ചെയ്യാതെ കടന്നു പോയിട്ടുള്ളവൻ അവനെന്താണ് ആരാണ് തമോ ഗുണത്തിൽ അങ്ങനെ കഴിയുന്നവനാണ് നോക്കൂ ഇയാളെ സംബന്ധിച്ച് അങ്ങനെയല്ലേ പറയുന്നത് എന്ത് മനോഹരമായിട്ടാണ് രാമായണത്തിൽ ഈ തത്വം പറഞ്ഞത് എല്ലാവരും കൂടെ അവിട്ടുന്നു ഇവിടെ നിന്നും ഒക്കെ ഇയാളെ കൂത്തി എങ്ങനെയൊക്കെയോ എഴുന്നേൽപ്പിച്ചിട്ട് കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു പോയി അങ്ങനെ തന്നെ ഉറക്കപ്പിച്ചിൽ അങ്ങനെ പോയി നിന്ന് കൊടുത്തു കിട്ടി രാമന്റെ കയ്യിൽ നിന്നില്ലേ പകുതി ഉറക്കത്തിൽ തന്നെയാണ് ഉപരി മരിച്ചതെന്നാണ് കുംഭകരണം ഉണർന്നതുപോലുമില്ല മറ്റേയാളോ യുദ്ധം വരുന്ന സമയത്ത് തന്നെ വിഷ്ണുഭക്തിയെ മരിച്ചു എന്ന് പറയാം ഇയാൾ രജോഗുണിയായിട്ട് പല അമ്പുമില്ല ഒക്കെ പ്രയോഗിച്ചു അര് രാവണൻ തുടർന്ന് കർമ്മ സുഹൃതാഹു സാത്വികം നിർമ്മലം ഫലം രജസ്തസ്തുഫലം ദുഃഖം അജ്ഞാനം തമസ ഫലം കർമ്മണ സുഹൃത ആഹു സാത്വികം നിർമ്മലം ഫലം രജസഹാതു ഫലം ദുഃഖം അജ്ഞാനം തമസ ഫലം ശ്ലോകം വ്യാഖ്യാനിക്കാഖ്യാനിക്കണം എന്ന് തന്നെ ഇല്ല എല്ലാം വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് ഭഗവാൻ അവതരിപ്പിച്ചിരിക്കുന്നു സുഹൃതസ്യ സുഹൃതം എന്ന് പറഞ്ഞാൽ സുഷ്ടും കൃതം സുഹൃതം സുഹൃതസ്യ സുഹൃതം ചെയ്യുന്നവന് എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്നവൻ അവനെ സംബന്ധിച്ച് ഈശ്വരൻ അവനെ സംബന്ധിച്ച് ഈശ്വരൻ ഈ വിശ്വത്തിൽ അന്യനല്ല അവൻ കാണുന്നു അതിൽ എല്ലാറ്റിലും അവൻ കാണുന്നു എന്ന് പറയാ മറ്റവനെ സംബന്ധിച്ച് ഇവിടെ ഒരു ഈശ്വരൻ ഇല്ല എവിടെന്നോ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്ന ഈശ്വരനെ അറിയാൻ വലിയ വിഷമമൊന്നുമില്ല നമ്മളെന്താ നമ്മളൊന്ന് നോട്ടൊന്ന് ശരിയാൽ മതി ഇത്രയേ ഉള്ളൂ ഇവിടെ സുഹൃതസ്യ എന്ന് പറയുമ്പം ആ സുഹൃ സുഹൃ ആ സുഹൃതി അല്ലാത്തവനെ സംബന്ധിച്ച് എന്താണ് എല്ലാറ്റിലും അവൻ കാണുന്നത് അപൂർണതയാണ് സുഹൃതിയോ സുഹൃതി കാണുന്നത് പൂർണ്ണത മാത്രമേ ഉള്ളൂ സുഹൃതിക്ക് കാണാൻ വേറെ എന്ന് പറയും അതുകൊണ്ട് സുഹൃതസ്യ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്നവന് അങ്ങനെ കർമ്മത്തെ കാണുന്നവന് അവൻ അവൻ്റെ എല്ലാ കർമ്മവും മഹത്തരമായിട്ട് കാണും അവനൊരവസരമാണ് എന്ന് പറയാം കർമ്മണഹ കർമ്മത്തിൻ്റെ ഫലം സാത്വികം നിർമ്മലം ഇത് ആഹു അവൻ്റെ കർമ്മത്തിൻ്റെ ഫലം സാത്വികമാണ് നിർമ്മലമാണ് എന്ന് പറയപ്പെടുന്നു ഒരു നല്ല വളരെ അപ്രസിദ്ധമായ ഒരു കഥയുണ്ട് അത് ഒരു ക്രിസ്മസ് സമ്മാനത്തെക്കുറിച്ച് പറയുന്നത് ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ടീച്ചേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളതാണ് ഒരു ക്രിസ്മസ് ദിനത്തിന് ഒരാൾക്ക് ഒരാ ഒരു ഒരാള് ഒരു വലിയ ഒരു പുത്തൻ കാറുമായിട്ടങ്ങനെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ചെത്താനിറങ്ങുന്നതാണ് അങ്ങനെ ചെത്താനിറങ്ങിയ ഒരു സ്ഥലത്ത് അങ്ങനെ നിർത്തിയ സമയത്ത് വേറൊരു കുട്ടി ഈ കാർ ഇങ്ങനെ കണ്ടതാണ് അത്ഭുതത്തോടുകൂടി നോക്കുക അങ്ങനെ ഉണ്ടല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ വാഹനങ്ങളൊക്കെ കാണുന്നത് വലിയൊരു സംഭവം തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ച് ഇല്ലേ ഇന്ന് ടി വിയിലൊക്കെ നമ്മളത് കാണുന്നുണ്ട് അല്ലാതെ ഒരു ബസ്സൊക്കെ കാണുമ്പോൾ അതിന് ജീവനുണ്ട് എന്നൊക്കെ തോന്നുന്നു അപ്പം കുട്ടി ഇതിനെ വലിയ അത്ഭുതത്തോടുകൂടി നോക്കിയ സമയത്ത് ഏതൊരു സംഗതിയും നമ്മുടെ കയ്യിൽ ഒരു സാധനം കാ അപരൻ കാണുന്ന സമയത്ത് അതിൽ അത്ഭുതം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും അപ്പൊ വേണമെങ്കിൽ അത് അങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ഉപയോഗം കുറച്ചുകൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കും എന്തിനാ അവൻ അവൻ്റെ അസൂയ ഉണ്ടാക്കാൻ അതാണ് നമ്മുടെ ഉദ്ദേശം തന്നെ അപ്പൊ ഈ കുട്ടി ഇങ്ങനെ നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് തോന്നി ഇവനത് വലിയ കൗതുകമായിട്ടുണ്ട് ചോദിച്ചു എന്താ അപ്പൊ ചോദിച്ചു ഇത് പുതിയ കാറാണോ എന്ന് ചോദിച്ചു അപ്പൊ അതേ എന്ന് പറഞ്ഞു ഇതെനിക്ക് ജ്യേഷ്ഠൻ സമ്മാനമായിട്ട് തന്നതാണ് ക്രിസ്മസ് സമ്മാനം ഓ ക്രിസ്മസ് സമ്മാനമായിട്ട് കാറ് തരു അപ്പൊ സാറിന് ഒന്നും കാശൊന്നും കൊടുക്കേണ്ടി വന്നില്ലേ ചേട്ടന് ഒന്ന് ചോദിച്ചു പറഞ്ഞു അപ്പൊ ഈ കുട്ടി പറയുകയാണേ ഓ എനിക്ക് ഇങ്ങനെ ഒരു ജ്യേഷ്ഠനാവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ ഓ ഇങ്ങനത്തെ ഒരു ജേഷ്ട നമുക്കില്ലല്ലോ എന്ന് പറഞ്ഞു നല്ല കഥയാണ് അത് ആ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇത്തരത്തിലൊരു ജ്യേഷ്ഠൻ എനിക്ക് ഞാൻ ഇങ്ങനെയൊരു ജ്യേഷ്ഠനാ എനിക്ക് ഇങ്ങനെയൊരു ജ്യേഷ്ഠനാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അപ്പം അത് ആറ്റയാൾക്ക് വലിയ അത്ഭുതം ഒരു അത്ഭുതമായി അവൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ പിന്നെ അവൻ ഇങ്ങനെ ഇതൊക്കെ അങ്ങനെ നോക്കിയിരുന്നപ്പോൾ തോന്നി ഇവനൊന്ന് കയറണം ഇതിൻ്റെ ഉള്ളിലെ ഒന്ന് കറങ്ങണം എന്ന് അവൻ ഒന്ന് നമുക്ക് കറങ്ങാമെന്ന് വെച്ചു ആ കറങ്ങാമെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ അതല്ലേ ഓ അപ്പം തന്നെ അവനാ ആലോചനയായി ഓ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് കാണിക്കാൻ ആ ഭാഗത്തൊക്കെ അതിൻ്റെ പരിസരത്ത് കൂടെയൊക്കെ ഒന്ന് പോയാൽ ഒരു ക്രെഡിറ്റാണല്ലോ അതായിരിക്കാം ഇവൻ്റെ ഉദ്ദേശം ഏതായാലും ശരി പോവാ അവനവനെ കയറ്റി പോയി എന്നാ പോയ സമയത്ത് അവൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്തെത്തിയപ്പോൾ അവനവിടെ നിർത്താൻ പറഞ്ഞ് അവനവിടെ കഥാസ്വാമി വിസ്തരിക്കുന്നില്ല നല്ല രസമാണ് നമ്മൾ ആ കഥ വായിക്കുമ്പോൾ ആ ചിത്രം അങ്ങനെ കാണും പടികേറി ഓടിപ്പോകുന്നു എന്നിട്ട് അവനവൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതാണ് വരുന്ന സമയത്ത് അവനവൻ്റെ എന്താ അനിയത്തിയെ എടുത്തുകൊണ്ടാണ് വരണം അപ്പം ആ കുട്ടി രണ്ട് കാലും പോളിയോ വന്നിട്ടുള്ള ചെറിയ കുട്ടിയാണ് എന്നിട്ട് എടുത്തു കൊണ്ടുവന്നിട്ട് പറയണത് ആ കാറ് കണ്ടോ ആ കാറ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിന് കൊടുത്തതാണ് ഇതുപോലെ ഞാനും നിനക്ക് ഒരു കാറ് മേടിച്ചു എന്നിട്ട് അവർ എല്ലാവരും കൂടെ കാറിലൊന്ന് കറങ്ങുന്നത് അപ്പോഴാണ് അവന് എന്താ പറയുക കൊടുക്കപ്പെട്ടതിൻ്റെ കിട്ടിയതിൻ്റെ ദാനത്തിൻ്റെ അല്ലെങ്കിൽ മേടിച്ചതിൻ്റെയൊക്കെ മഹത്വം ആ ക്രിസ്മസ് ദിനത്തിന് സ്മരിക്കുന്നത് എന്ന് പറയുക ഓർമ്മ വരുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കഥ അപ്പം അതിൻ്റെ ഫലം എന്താണ് ഇവിടെ പറയണോ എന്താ നിർമ്മലം വിശുദ്ധം സാത്വികം അത് സാത്വികം ആഹോ സുഹൃത കർമ്മണാ ഫലം സാത്വികം മറ്റവരെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഒരസൂയിരിക്കും അവനൊക്കെ എത്ര ഭാഗ്യവാൻ അവനൊക്കെ കൊടുക്കാൻ ജ്യേഷ്ഠന്മാരുണ്ട് നമ്മുടെ ഒക്കെ ജ്യേഷ്ഠൻ്റെയൊക്കെ കോലം തന്നെ കണ്ടാൽ മതി എന്നുള്ള അച്ഛനോട് പറഞ്ഞത് മോൻ അച്ഛ അവൻ്റെ എൻ്റെ ക്ലാസ്സിലെ അവൻ ഇന്ന് വിമലാണെങ്കിൽ നാളെ വിവാൾട്ടിയാണ് മറ്റന്നാൾ ബിന്നിയാണ് അതിന്റെ പിറ്റേന്ന് വേറെ ഗോളിയോറാണ് അപ്പൊ അച്ഛൻ പറഞ്ഞു എടാ നിനക്ക് നിന്റെതുണ്ടല്ലോ ഇടാൻ അവൻ ഈ ബിന്നിയുടെയും ഗോളിയോറിൻ്റെയും അവൻ്റെയും ഇവന്റെ ഒക്കെ കണ്ടവന്റെ ഇട്ട് നടക്കുന്നതല്ലോ ഇല്ല നിനക്ക് നിന്റെ സ്വന്തം ഉണ്ടല്ലോ എന്ന് പറയുന്നു ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല സാത്വികം നിർമ്മലം ആഹോ സാത്വികമാണ് നിർമ്മലമാണ് അങ്ങനെയായിരിക്കട്ടെ രജസഹാ ഫലം തോ എന്നാൽ രജോഗുണത്തിൻ്റെ ഫലമാകട്ടെ ദുഃഖം അതിൽ നിന്ന് ദുഃഖം മാത്രമേ കിട്ടൂ അപ്പോൾ ഇന്ദ്രിയങ്ങളെ ഒരു നിയന്ത്രിതമാർന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ടാണോ വേല ചെയ്തത് അല്ല അതുകൊണ്ട് അതിൻ്റെ ഫലം എന്താണ് ദുഃഖമാണ് എല്ലാം ചെയ്യും പക്ഷേ എന്തെങ്കിലും പ്രധാനപ്പെട്ടത് അതിലുണ്ടാവില്ല എന്ന് പറയാം എല്ലാം ചെയ്യും അതിന് എന്താ സ്വാമിജി ഒരു ഉദാഹരണം പറയുന്നുണ്ട് അതായത് ഈ ഒരു ഹോട്ടലില് മറ്റുള്ളവരെയൊക്കെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക ആർക്കൊക്കെ പാർട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നേരത്തെ പെസ് നോക്കുമ്പോഴില്ല ഇങ്ങനെ ഉണ്ടാവും അല്ലേ എന്നിട്ട് ആ വിളിച്ചു കൊണ്ടുപോയവര് കൊടുക്കേണ്ടി വരിക സ്വാമി ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട് അതെ ഉണ്ടാവാം എപ്പോഴും ദുഃഖമാണ് ഫലം അപ്പൊ ആ പാവ ഭാര്യയുടെ ഒരവസ്ഥയൊന്നും ആലോചിച്ചു നോക്കണം അവരിങ്ങനെ വിചാരിക്കോ എന്റെ ഈശ്വര അതോ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളുവാണ് അങ്ങനെ ഒരു റിലേഷനും കൂടെ ഉണ്ട് നമുക്കെല്ലാവർക്കും കൂടെ പുറത്തുപോയി കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തിരക്കിൽ വിട്ടുപോയതാണ് എടുക്കാൻ ആ ക്രെഡിറ്റ് കാർഡും എടുത്തില്ല അല്ലെങ്കിൽ അതെങ്കിലും അവിടെ എടുക്കായിരുന്നു എപ്പോഴും ഇങ്ങനെ എല്ലാം ചെയ്ത് അതിനൊരു എന്തോ ഒന്ന് വിട്ടുപോകും ഫലം ദുഃഖം എന്തൊക്കെ നോക്കിയാലും എന്താണ് കർമ്മത്തിൻ്റെ ഫലം ദുഃഖമായി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ രാജസമായിട്ടാണ് ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിച്ചത് അതുകൊണ്ട് ഗീത പറയണോ അല്ലെങ്കിൽ പൂർവ ആചാര്യന്മാർ പറയണു ധ്യാനാവസ്ഥിത മനസ്സിലാണ് കർമ്മം ജനിക്കേണ്ടത് ഏത് കർമ്മത്തിന് മുൻപായിട്ടും എന്തുവേണം വേണം ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്ന ആ കർമ്മത്തിൽ ഇഴുകി ഒരു തയ്യാറെടുപ്പ് പലപ്പോഴും അതുണ്ടാവില്ല അതിൻ്റെ അഭാവമാണ് ദുഃഖത്തെ തരുന്നത് നമ്മൾ പലതും പറയാറില്ലേ പലതും പല കാര്യത്തിലും നമുക്ക് കുട്ടികളെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് കൊടുത്തു ഇപ്പം എന്താണ് സ്വാമി ദുഃഖം അവരെക്കുറിച്ച് ഓർക്കുമ്പം ദുഃഖം എൽ വീട് വെച്ചു ദുഃഖം താമസിക്കാൻ പറ്റുന്നില്ല ചാത്തനേറ് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് പിന്നെയാണ് വാസ്തുവിദ്യയിൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ അഗ്നി ഗുണ ശരിയില്ല നമ്മുടെ മൊത്തം കോണ് പോയി കിടക്കുമ്പോഴാണ് ഇനി അഗ്നി കോണല്ലേ നിങ്ങൾ അഗ്നി കോണിലാണ് കക്കൂസ് പണിഞ്ഞത് പിന്നെ എങ്ങനെ ഇരിക്കും പണ്ടുള്ളവരുടെ എന്താ പണ്ട് ഇവിടെ താമസിച്ചവർ താമസിച്ചവരുടെ ബാത്റൂമായിരുന്നത് അതാണ് നിങ്ങളിപ്പോൾ പൂജാമുറിയാക്കിയത് പിന്നെ എങ്ങനെയാണ് ഭഗവാൻ നിങ്ങളെ നിങ്ങളോട് പൊറുക്കുക വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് സ്വാമി അതിനെതിര് നിൽക്കല്ലേ ശരിക്കും മനസ്സിലാക്കണം നമ്മുടെ ഭഗവത്ഗീത ആരംഭിച്ചത് സ്വാമി അത് പറഞ്ഞുകൊണ്ടാണ് മയൻ നിർമ്മിച്ച കൊട്ടാരങ്ങളും അതുപോലെ എന്താണ് നമ്മുടെ ദേവശിൽപിയായിട്ടുള്ള ദേവശിൽപിയുടെ പേരെന്താ വിശ്വകർമാവ് ആ വിശ്വകർമാവ് നിർമ്മിക്കുന്നതും മയൻ നിർമ്മിക്കുന്നതും മയൻ നിർമ്മിക്കുമ്പോൾ മറ്റുള്ളവന് ഹരം പകരാൻ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രപ്രസ്ഥം അതാണ് ഇന്ദ്രിയങ്ങൾക്ക് രസം പകരാൻ വേണ്ടിയിട്ട് വിശ്വകർമാവിൻ്റെ അത് അങ്ങനെയല്ല എന്ന് പറയാം അത് വിശ്വകർമാവാണ് അത് പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടോ പാട്ടിൽ വയലാറിൻ്റെയാണെന്ന് തോന്നുന്നുണ്ട് നിൻ്റെ നാലുകെട്ടിൻ്റെ പഠിപ്പുരമുറ്റത്തിൽ ഞാനെൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ അതെ അതൊരു രസമായിട്ടുള്ള കാര്യമെന്ന് പറയാം അതെ ഈ ഒരു ഒരു ഗംഭീരം പാട്ടാണത് ഈ ഒരു ഭാവനയിലാണ് വീട് നിർമ്മിക്കേണ്ടത് അങ്ങയുടെ ആ നാലുകെട്ടിന്റെ ആ പടിപ്പുര മുറ്റത്ത് ഞാനും എന്റെ വീട് ഒന്നുണ്ടാക്കിക്കോട്ടെ ഇതങ്ങനെയല്ലേ കല്ലിറക്കുമ്പോൾ മണ്ണടിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ടും അങ്ങനെ വന്നൊരു നിൽപ്പുണ്ട് ആരുടെ അവിടെ ഞാനൊരു വീടുണ്ടാക്കാൻ പോവാണ് എന്ന മട്ടല്ല ദുഃഖമാണ് എന്ന് പറയാം ഒന്നിൽ നിന്നും കിട്ടുന്നില്ല കല്യാണം കഴിച്ചാൽ സുഖാവെന്ന് വിചാരിച്ചു അയ്യോ തോടങ്ങിയ എന്നാ ശരി കുട്ടികളൊക്കെ ആയാൽ നന്നാവും ഇവള് എന്ന് കരുതി ഇല്ല ആ കുട്ടികൾ വലുതായ സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ പിന്നെ ഇല്ല എവിടെയൊക്കെ നമ്മൾ വിചാരിച്ചുവോ അപ്പോഴൊക്കെ നമുക്ക് ദുഃഖം ദുഃഖം ദുഃഖം ദുഃഖം എന്തുകൊണ്ടാണ് രജോഗുണത്തിലാണ് എല്ലാം ആവിർഭവിക്കുന്നത് സാത്വികമായാണോ അല്ല രജോഗുണം രജോഗുണമാണ് നമ്മുടെ ഫൗണ്ടേഷൻ അതിൽ നിന്നിട്ടാണ് എല്ലാം പടുത്തുയർത്തിയത് അതുകൊണ്ട് ദുഃഖം മാത്രം ദുഃഖമേവ അവശേഷിയതെ ദുഃഖം മാത്രം അവശേഷിക്കുന്നു രജസഹാ ഫലം ടു ദുഃഖം തമസഹാ ഫലം അതിനൊരു ഫലമുണ്ടോന്നു രസം തമോ ഗുണത്തിന്റെ ഫലം അതിന്റെ പ്രയോജനം എന്താ അജ്ഞാനം അവിടെ ഒന്നും വേശില്ല ഗീത പോയിട്ട് ഗീന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അത്ഭുതം തോന്നും നിങ്ങൾക്ക് അത്ഭുതം തോന്നാറില്ലേ ആളുകളായിട്ട് സംസാരിക്കുമ്പോ ഇതാ ഫലം എന്താണ് ഇതാണ് തമസ്സിലാണ് എല്ലാം അവര് ആവിർഭവിച്ചിരിക്കുന്നത് തമസാണ് അവരുടെ ഫൗണ്ടേഷൻ എന്ന് പറയുക തമസിലാണ് അവരെല്ലാം പടുത്തുയർത്തിയത് അജ്ഞാനത്തിൽ അജ്ഞാനത്തിൽ ഉയർത്തിയിട്ടുള്ളവൻ അജ്ഞാനത്തിൽ തന്നെയാണ് കഴിയുന്നത് അവരുടെ എന്താ അന്തം തമപ്രവിശന് അവർ പ്രവേശിക്കുന്നതും അങ്ങനെയാണ് കൂരിരുട്ടില് ധൃതരാഷ്ട്രനേക്കാൾ ഇരുട്ടിൽ ധൃതരാഷ്ട്രന് പിന്നെയും കുറച്ചെങ്കിലും വെളിച്ചമുണ്ട് എന്ന് പറയാം ഇത് അതിലും കൂരിരുട്ടാണ് സജസോ ലോഭമോഹ തമസമേ സാത് സുജാത ജ്ഞാനം രജസ ലോഭ പ്രദമോഹ തമസ അജ്ഞാനം സത്വാത് സത്വ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിന് എന്താണെന്ന് പറഞ്ഞാൽ ഒരു എല്ലാറ്റിനെയും എല്ലാറ്റിനും ഒരു സാവകാശമുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നതിൽ ഒരു ഹറിവറിയില്ലാന്ന് പറയാം മേലെങ്കിലും നമ്മൾ തമാശയിലാണ് പറയുന്നതെങ്കിൽ കൂടിയിട്ട് അതൊന്ന് കാര്യമായിട്ട് സ്വീകരിക്കാൻ ഒരു ശ്രമം നടത്തും ഈ ഗുണങ്ങളൊക്കെ ഒന്ന് കടന്നു വരട്ടെ രാവിലെ എഴുന്നേൽക്കുന്നത് ബഹളത്തോടുകൂടി ആവാതിരിക്കും അതുകൊണ്ട് എന്ത് വേണം രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി കിടക്കുമ്പം ഈ ഒരു ശാസ്ത്രം ഒന്ന് വിചാരം ചെയ്യുന്നത് നല്ല ഗീതാമനനത്തോടുകൂടിയാവട്ടെ നമ്മുടെ നിദ്ര ഉറക്കം അത് വളരെ നല്ലതാണ് അപ്പോഴെന്തായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഈ മന്ത്രങ്ങളൊക്കെ തന്നെ ഒരു ഹീലിയം ബലൂൺ ആയിരിക്കണം എന്ന് പറയാം ഇതിലെ ശ്ലോകങ്ങളെല്ലാം ഹീലിയം ഹീലിയം ഹീലിയത്തിന്റെ വിശേഷം എന്താ ഹീലിയത്തിന്റെ ഹീലിയം കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാല് ഉത്സവ പറമ്പിലെ കുട്ടി ഒരു കുട്ടി ഈ ബലൂണ് വിൽപ്പനക്കാരനോട് ചോദിച്ചു മാമ ഈ ചകന്ന ബലൂണും ഈ മഞ്ഞ ബലൂണും ഒക്കെ മുകളിലേക്ക് പോങ്ങുള്ളൂ കറുപ്പ് ബലൂണ് പൊങ്ങുമെന്ന് ചോദിച്ചു അപ്പൊ അവനൊരു സംശയം കറുത്ത ബലൂണ് കണ്ടിട്ടില്ലായിരുന്നു അപ്പം ബലൂണ് വിൽപ്പനക്കാരൻ പറഞ്ഞു കുട്ട ബലൂണ് നിറമല്ല ബലൂണിനെ പൊക്കുന്നത് പിന്നെയോ അതിനെ അകത്തിരിക്കുന്നതാണ് അതിനെ പൊക്കുന്നത് ഓ അപ്പോഴാണ് അവന് മനസ്സിലായത് ആഹാ അപ്പൊ അകത്തിരിക്കുന്നത് എന്താണ് അകത്തിരിക്കുന്നത് ഹീലിയമാണ് എന്ന് പറഞ്ഞോളൂ അറിയാലോ ഹീലിയം നിറച്ചു കഴിഞ്ഞാൽ അത് പൊങ്ങിക്കോളും ഇതങ്ങനെയായിരിക്കണം നമുക്ക് ഗീതാശ്ലോകങ്ങളൊക്കെ ഹീലിയമായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഉദ്ധരേത് ആത്മനാ ആത്മാനം അതുകൊണ്ട് ഈ രാത്രി കിടക്കുന്ന സമയം സംഘർഷങ്ങൾ ഒഴിഞ്ഞിട്ടേ കിടക്കാവൂ ഗീതാശ്ലോകങ്ങളൊക്കെ ഹീലീയമായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഉദ്ധരേത് ആത്മനാ ആത്മാനം അതുകൊണ്ട് ഈ രാത്രി കിടക്കുന്ന സമയം സംഘർഷങ്ങൾ ഒഴിഞ്ഞിട്ടേ കിടക്കാവൂ അതുകൊണ്ട് നിങ്ങൾ ഈ പ്രേത പിശാജ് സിനി ഈ ഇതൊന്നും കഴിയുന്നതും കുറയ്ക്കും ഇതൊരു കത്തി അങ്ങനെ പോവാണ് കാണിക്കുമ്പം തന്നെ പേടിക്കാം ഉം കോഴിയെ വെട്ടണു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു തീ പന്തു ആയിട്ട് ഇങ്ങനെ സ്ത്രീകളീ കാട്ടുകൂടെ നടക്കുക ഇവർക്ക് വേറെ ജോലിയൊന്നും ഇല്ല പേടിപ്പിക്കാനായിട്ട് ഒരു വീട്ടില് രാത്രി ഇത് പോയി ഇന്ന് കാണുന്നത് കുട്ടി ഇങ്ങനെയാണ് സോഫയിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മ വോളിയം കുറയ്ക്കും ഓളിയം കുറക്കും ഇത് കാണുമ്പോ പേടിയാണ് തല എങ്ങനെ പോകുന്നു അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് പോകണു ഇതൊക്കെയായിട്ട് രാത്രി കാണും രാത്രി ഇത് കണ്ടുകടന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഇതൊക്കെയല്ലേ നമ്മുടെ നാടീ ഞരമ്പുകളെ മുഴുവൻ തളർത്തുന്നതായത് ശബ്ദങ്ങൾ എന്തൊക്കെ ശബ്ദമാണ് അല്ലേ ഇപ്പൊ കുട്ടികൾക്ക് പകല് പോലും കടവാദിനെ കണ്ടാ പേടിയാ വെള്ളസാരി കണ്ടാ പേടിയ പ്രേതത്തെ മൊത്തം അങ്ങോട്ട് ഹോൾ എടുത്തിരിക്കുക ഹോൾസെയിലായിട്ട് അതുകൊണ്ട് രാത്രി നമ്മുടെ രാത്രി നമ്മളൊന്ന് ശാന്തമായിട്ട് നിങ്ങളെല്ലാ സീരിയലും കണ്ടുകഴിഞ്ഞിട്ട് നല്ല ആനിമൽ പ്ലാനറ്റോ അങ്ങനെ എന്തെങ്കിലും കാണും കുറച്ച് അതിനെ ഒന്ന് ഈ നാളികേരം ഒടുവല്ലോ പുട്ടുണ്ടാക്കുമ്പോൾ അതുപോലെ അങ്ങനെ ശാന്തമാക്കിയിട്ട് വേണം മനസ്സിനെ വല്ലതും കണ്ടോളൂ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക സർക്കസോ അങ്ങനെ എന്തെങ്കിലും കാണും തമാശകളോ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറയും അല്ലെങ്കിൽ ഈ ശാസ്ത്രം ഒന്ന് വിചാരം ചെയ്യുക കുറച്ച് നേരം കണ്ണടച്ച് നിവർന്നിരുന്ന് ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തു ഞാൻ ആരൊക്കെയായിട്ട് ഇന്ന് ബഹളം ഉണ്ടാക്കി അതെല്ലാം ആർ ആർ ആർക്കൊക്കെ എൻ്റെ സാന്നിധ്യം ഇന്ന് ഹൃദ്യമായി അനുഭവപ്പെട്ടു അതാ ഞാൻ ഇന്ന് നിരന്തരം വഴക്കുകൂടിയോ എന്താ അതിനൊക്കെ കാരണം ഇന്ന് ഞാൻ എത്ര ശത്രുക്കൾ ഉണ്ടാക്കി എഴുതി വെച്ചോളൂ ഒരു ആത്മവിശകലനം നമ്മൾ എന്താ രാത്രി കിടക്കുന്നതിന് മുമ്പുണ്ടല്ലോ കരചരണകൃതം വാക് കായജം കർമ്മജം വ ശ്രവണ നയനജം വ മാനസം വാപരാധം എന്തൊക്കെ അപരാധങ്ങൾ ഞാൻ ചെയ്തു എന്തൊക്കെയാ പറയാ കരചരണകൃതം വാക് കായജം കർമ്മജം വ അപ്പൊ എന്തൊക്കെയായിരുന്നു എന്റെ പ്ര എന്റെ ഇന്ദ്രിയങ്ങളൊക്കെ ഏതൊക്കെ പ്രകാരത്തിലാണ് ഈ ലോകത്തിൽ വ്യാപരിച്ചത് ആർക്കൊക്കെ വിഷമം ഞാൻ ഉണ്ടാക്കി അതോ എന്റെ സാന്നിധ്യം ആർക്കെങ്കിലും ഉപകരിച്ചുപോ എങ്കിലത്ത് അതിനെക്കുറിച്ച് വല്ലാതെ വേണ്ട ഒക്കെ ഒന്ന് വിശകലനം ചെയ്യുക അതിലൂടെ ഒന്ന് കടന്നു പോവുക എന്റെ പ്രഭാതത്തിലേക്ക് ഞാൻ തിരിച്ചു വരണം പ്രദോഷത്തിൽ എന്നിട്ട് അതിനെയൊക്കെ അടുക്കാക്കി വെച്ച് എവിടെയായിരുന്നു എന്തായിരുന്നു പാളിച്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനെ ഒന്ന് സോറി പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇവിടെ ജഗതീശ്വരന് മുൻപിൽ വെച്ചിട്ട് സർവമേത ക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ ശംഭവോ മഹാദേവ എല്ലാറ്റിനെയും ക്ഷമസ്വ ക്ഷമിച്ചാലും ഇത് ദിവസമുണ്ട് ചരന എന്നിട്ട് ഒരു കിടത്താണ് ഒരു യാന്ത്രികം ഇനി അതിനൊരു കുറവ് വേണ്ട രാവിലെ എഴുന്ന എഴുന്നേറ്റാലും ഇങ്ങനെ തന്നെയാണ് അധ്യാനം രാതസ്മരാമി ഋതിസംസ്മൃത ആത്മതത്വം പരമഹംസഗതിയം പ്രാതർ നമാമികൾ എല്ലാം യാന്ത്രികം വളരെ സാവകാശത്തിൽ ഒന്ന് ആലോചിക്കൂ എന്തൊക്കെ ഞാൻ രാവിലെ മുതൽ ചെയ്തു രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അവകാശം കണ്ണടച്ച് ഒന്ന് പ്രാണനിയൊക്കെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഒന്ന് കിടക്കൂ കിടക്കുന്നതിന് മുമ്പ് തലേണയുടെ അടിയിൽ പല തവളയറ്റം വന്ന് ഇരിക്കുന്നുണ്ടോ നോക്കുക ഒക്കെ മുട്ടി നല്ല വൃത്തിയിലായിരിക്കട്ടെ കാര്യങ്ങൾ പിന്നെ ഈ അടുത്ത് തന്നെ ഈ എന്താ പറയുക ഈ ഫോണ് കൊണ്ടുവയ്ക്കിയ ടെലിഫോൺ അത് ഇത് അതൊക്കെ ഈ മൊബൈൽ ഫോണ് നമ്മുടെ തലമണ്ട തലമണ്ടയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്താണെന്നറിയോ അത് നമുക്കറിയില്ല അതിനെങ്ങനെ ഉപയോഗിക്കണം അത് വലിയൊരു വലിയൊരു ദുരന്തമാണത് എപ്പോഴാണ് നമ്മളിങ്ങനെ മാറി മാറി അതായത് ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് ഉള്ള ബോർഡ് മൊബൈൽ ഫോൺ ഉള്ളവരെ മുഴുവൻ അപമാനിക്കലാണ് സംശയമൊന്നും വേണ്ട എന്താ സംശയമുണ്ടോ നമുക്ക് ആരൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുവോ അവരെ മുഴുവൻ അപമാനിക്കുന്നതാണ് ഈ ബോർഡ് നാളെ കൂടി ഒരു ബോർഡ് വയ്ക്കുകയാണ് ഇവിടെ തുപ്പരുത് മൂത്രം ഒഴിക്കരുത് എന്ന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ലേ ഉണ്ടാക്കുകയോ റിയൂ ഇല്ല അല്ല എഴുതി വെക്കണമെന്നാ തോന്നണേ സ്വാമി അതാണോ നമ്മുടെ നിലപാട് അതെ അപ്പൊ നമ്മളെ അപമാനിക്കുന്നതാ അതുകൊണ്ട് നമ്മളൊരു സംസ്കാരത്തെ ഈ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കേണ്ടതുണ്ട് അതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ ചിലർക്കൊക്കെ ഒരു നാല് ബെല്ലിങ്ങോട്ട് വന്നാൽ എന്തോ ഒന്നുമില്ല മറ്റുള്ളവനെ സംബന്ധിച്ച് അതൊരു വിഷമം ഉണ്ടാക്കുന്ന അതുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം രാത്രി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ ഇതിലാണ് ചിലതിൻ്റെയൊക്കെ എന്താ പറയുക റിംഗ് ടോൺ കേൾക്കണം അച്ഛൻ മരിച്ചിട്ട് പോവാണ് ആ ദുഃഖത്തിൽ അപ്പോഴാണ് റിംഗ് ടോൺ അല്ലേ രാക്ഷസീ രാക്ഷസീ അതെ എന്തൊക്കെ അറിഞ്ഞിട്ടോട ചിലതിനേറ്റത്തെ ഭക്തിയാണ് സ്വാമിയേ എന്നാ ഈ വിദ്വാൻ ഈ ഭക്തനാണേ അപ്പോ ഒരാള് ഇതുപോലെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിങ്ങട്ടെ സ്വാമി കേൾക്കട്ടെ ഞാനൊരു ഭക്തനാണ് എന്ന മട്ടില് ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാമിയേ ശരണം ആ ശബരിമലയിലെ എന്താ അതാണ് പിന്നെ ദേശീയ ബോധം ഇതൊക്കെ ഇപ്പോൾ റിംഗ് ടോണിൽ നമ്മളിപ്പോൾ പരിമിതപ്പെടുത്തിയിരിക്കുക നമ്മുടെ ദേശീയബോധം നമ്മുടെ മതം നമ്മുടെ ആരതി നമ്മുടെ എല്ലാം തന്നെ അതുകൊണ്ട് അത് ആ ഒരു സംസ്കാരം നമ്മളിതൊക്കെ നമ്മൾ നോക്കണം ഞാൻ അപരനെ എന്ത് എന്തൊക്കെ ചെയ്യുന്നു ഇന്നത് കൂടിക്കൂടി കൂടി വരണം ഞാൻ അപരനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് െ ഈ തരത്തിലുള്ള അജ്ഞാനങ്ങളൊക്കെ ഭഗവാൻ ഒരു കാലത്ത് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇന്ന് സമൂഹത്തിൽ ഈ അജ്ഞാനം നിലനിൽക്കുന്നത് എന്ന് സ്വാമി ചില ഇടങ്ങളൊന്ന് തൊട്ട് കാണിച്ചതാ നിങ്ങൾക്ക് വേദന തോന്നുന്നുവെങ്കിൽ ക്ഷമിക്കുക പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം അതുകൊണ്ടാണ് അപ്പൊ നമ്മൾക്ക് ഈ ഒരു ഈ ഒരു അറിവ് നമ്മളല്ലാതെ പിന്നെ ആരാ ഇത് ഉൾക്കൊള്ളേണ്ടത് നമ്മൾ കുറച്ചു പേരെങ്കിലും നമ്മൾ നമ്മുടെ രാത്രിയിലേക്ക് നിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഞാനിതൊക്കെ ഒന്ന് ആലോചിച്ച് കിടന്നുറങ്ങുന്നത് നല്ലതാണ് അപ്പൊ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ കരചരണങ്ങളില് എല്ലാം നമുക്ക് ഒരു ആധിപത്യം ഉണ്ടായിരിക്കട്ടെ എന്നുള്ളത് നമ്മളായിരിക്കട്ടെ അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഗുണങ്ങളിൽ ഏത് ഗുണത്തെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത് ഏത് ഗുണമാണ് ഞാൻ ചുറ്റുപാടിന് കൊടുക്കേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഭഗവാൻ ഇതിനെ വിസ്തരിക്കുന്നു തുടർന്ന് വീണ്ടും ഊർധ്വം ഗധ്യേ തിഷന്തി രാജസാ ജ്യുണവൃത്തി താമസ ഊർധ്വം ഗതി സത്വസ്ഥേ തിഷന്തി രാജസാ ജഗന്യഗുണവൃത്തിസ്ത അതോ ഗതി താമസാഹ സത്വസ്ഥ ഊർധ്വം ഗതി സത്വഗുണികൾ ഊർധ്വം ഗതി മുകളിലേക്ക് പോകുന്നു മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഉന്നതാവസ്ഥയെ പ്രാപിക്കുന്നു ഒരു ത്രീ ടയർ കമ്പാർട്ട്മെന്റിനെ കുറിച്ച് ഭഗവാൻ ഇവിടെ പറയുന്നു ത്രീ ടയറാണ് ഇനി ത്രീ ടയർ ട്രെയിനിൽ ത്രീ ടയർ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കഴിയുന്നവൻ സത്വഗുണി അതിൻ്റെ രജോ ഗുണി അതിൻ്റെ താഴെ തമോഗുണി എന്ന ഒരു ഈ ഒരു ത്രീ ടയറിലാണ് ലോകം പോകുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയണത് ഈ ലോകം ഒരു വലിയ ഒരു ട്രെയിനാണെങ്കിൽ ത്രീ ടയറാണ് ഇത് ഈ ത്രീ ടയറിലാണ് യാത്ര അപ്പോൾ സത്വസ്ഥാഹ ഊർധ്വം ഗന്തി അവർ ഉന്നതമായ ഭാവത്തെ പ്രാപിക്കുന്നവരാണ് അവര് താഴെ നിസ്സാരങ്ങളായിട്ടുള്ളതിനൊന്നും അവര് നോക്കില്ല നിസ്സാരങ്ങളായിട്ടുള്ളതിനെ പെരുപ്പിച്ച് കാണിക്കൂല്ല അവർ കോട്ടയെന്ന് പറയും പോട്ടയെന്ന് പോലും പറയില്ല അവരങ്ങനെ പറയേണ്ട ആവശ്യമില്ലേ പോട്ടയെന്ന് പറയുന്ന ആരാണ് അതിനെ ആ അതൊക്കെ പോട്ടയെന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് അറിയോ ശരിക്കും പറഞ്ഞാല് അവരതിനെ കാര്യമാക്കിയിട്ടുണ്ട് അല്ലാത്തവർ ഒന്നും പറയില്ല അവരെ സംബന്ധിച്ച് അതൊരു സ്വാഭാവിക അവര് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാം പ്രാധാന്യം അർഹിക്കുന്നില്ല അതിനൊന്നും എന്നാൽ രാജസാഹ മധ്യേത്തിഷ്ടന്തി രജോ ഗുണന്മാര് ഇതിന്റെ ഇടയിലാണ് തൃശങ്കുവിലാണെന്ന് പറയാം മുകളിലും അല്ല എന്നാൽ താഴെയല്ല എന്നാലും അത്യാവശ്യം ഭേദപ്പെട്ടതാണ് മധ്യേത്തിഷ്ടന്തി ജഗന്യ ഗുണവൃത്തിസ്താഹ താമസാഹ ജഗന്യവൃത്തി ഗുണ എന്താ ജഗന്യഗുണവൃത്തിസ്താഹ താമസാഹ അധമഗുണത്തിലിജിക്കുന്ന താമസന്മാർ അധ ഗജന്തി അത് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടിയില്ലാത്ത ഒരു താഴേക്ക് എവിടെയെങ്കിലും പോയി നിൽക്കുമോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്ന് പറയും അതിങ്ങനെ താഴേക്ക് താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരാൾക്ക് ഊർധ്വഗതിയാണെങ്കിൽ മറ്റേയാൾക്ക് അധോഗതിയാണ് ഭഗവാൻ അടുത്ത അധ്യായം ഇതിനെ വെച്ചുകൊണ്ടാണ് അടുത്ത അധ്യായത്തിലേക്ക് വരുന്നത് അടുത്ത അധ്യായം ഒരു വൃക്ഷത്തിൻ്റെ ഉദാഹരണം വെച്ചുകൊണ്ടാണ് മുകളിലേക്കും താഴേക്കും വേരുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തലകീഴായ വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ഊർധ്വം ഗച്ചന്തി സത്വസ്ഥാഹ മധ്യേ തിഷ്ഠന്തി രാജസാഹ ജഗന്യ ഗുണവൃത്തിസ്താഹ അതോ ഗച്ചന്തി താമസാഹ താമസപ്രിയന്മാർ താഴേക്ക് പോകുന്നു അധമമായ മൂല്യങ്ങളെ അതുകൊണ്ടല്ലേ അധോലോകം എന്ന് പറയുന്നത് എന്താണ് അധോലോകം എന്ന് പറഞ്ഞാൽ അധാർമ്മിക പ്രവൃത്തികൾ അവർക്ക് സമൂഹത്തെയും സർവോപരി എല്ലാ എല്ലാറ്റിനെയും എന്താ താഴേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയാം തുടർന്ന് गुने यदा द्रष्टा वेति अर्ता दुपश्य गुणे महिगछति दृष्ट ദ്രഷ്ടാവായ ദ്രഷ്ട എന്ന് പറഞ്ഞാൽ ജ്ഞാനി ജ്ഞാനിയായിട്ടുള്ള യഹ യാതൊരുവൻ യഥാ ഗുണേഭ്യഹ അന്യം യഥാ എപ്പോഴാണോ ഗുണേഭ്യ ഗുണങ്ങളിൽ നിന്ന് അന്യം വേറെയായിട്ട് കർത്താരം കർത്താവിനെ അപ്പം യാതൊരുവനാണോ ഏതൊരു ജ്ഞാനിയാണോ ഗുണങ്ങളിൽ നിന്ന് അന്യമായി കർത്താവിനെ ന അനുപശ്യതി കാണുന്നില്ല എന്താ അവിടെ പറയുന്നത് ദ്രഷ്ടാവായ യാതൊരുവൻ എപ്പോൾ ഗുണങ്ങളിൽ നിന്ന് വേറെയായിട്ട് കർത്താവിനെ കാണുന്നില്ല അതായത് തന്നെ തന്നെ കാണുന്നില്ല ആത്മാനം ആത്മാവിനെ ഗുണേഭ്യഹ ഗുണങ്ങളിൽ നിന്ന് പരം എന്നാൽ അതിനെ പരം എന്ന് പറഞ്ഞാൽ അതിനുപരിയായി വേറെയായി അന്യമായി വേത്തി എന്ന് പറഞ്ഞാൽ പശ്യതി കാണുന്നു അറിയുന്നു എന്നുള്ളതാണ് അറിയുന്നത് അവൻ സഹ മത്ഭാവം അധികച്ചതി അവൻ പരമമായ ഭാവത്തെ ബ്രഹ്മതത്വത്തെ ബ്രഹ്മഭാവത്തെ അധിഗമിക്കുന്നു പ്രാപിക്കുന്നു അപ്പൊ ഭഗവാന് പറയാനുള്ളത് ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതനാവാനാണ് നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന് ഭഗവാൻ പറയും നീ മൂന്ന് ഗുണങ്ങളെയും അതിവർത്തിക്കൂ മൂന്നിനെയും അതിവർത്തിച്ച് നീ എന്റെ ഭാവത്തെ പ്രാപിക്കേണ്ടതുണ്ട് ഭഗവാൻ ഇവിടെ നീ അങ്ങനെ പ്രാപിക്കണം എന്നല്ല ഭഗവാൻ പറയുന്നു ആരാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുക തുടർന്ന് ഗുണാൻ ഏതാനുഭവാൻ ജന്മമൃത്യുചരാ ദുഃഖി ഭഗവാൻ ഇവിടെ ഈ ഗുണങ്ങളുടെ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇത്യാദി ഗുണങ്ങൾ എങ്ങനെ ഒരുവനെ സ്വാധീനിക്കുന്നുവെന്നും ആ സ്വാധീനത്തിനനുസൃതമായി ലോകത്തിൽ അവൻ കർമ്മം ചെയ്യുന്നു എന്നും ഒക്കെ ഭഗവാൻ പറഞ്ഞിട്ട് ഈ ഗുണത്രയ വിഭാഗയോഗം ഭഗവാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് നോക്കാം നമുക്ക് ി ജീവാത്മാവ് ദേഹസമുദ്ഭവാൻ ഏതാൻ ത്രീൻ ഗുണാൻ ഇംഗ്ലീഷ് പറഞ്ഞു ഭഗവാൻ ഇവിടെ ത്രീൻ ഗുണാൻ ത്രീന്ന് പറഞ്ഞ മൂന്ന് എന്ന് തന്നെയാണ് സംസ്കൃതം തന്നെയാണ് ഈ മൂന്ന് ഗുണങ്ങളെ ത്രീൻ ഗുണാൻ അതീത്യ അതീത്യ അതിക്രമിച്ച് അതിനെ കടന്നിട്ട് ജന്മ മൃത്യു ജരാദുക്കൈ ജന്മ ജനന മരണ വാർദ്ധക്യ ദുഃഖങ്ങളോട് വിമുക്ത വേർപെട്ടവനായി അമൃതം അശ്തേ അവൻ അമൃതം പ്രാപിക്കുന്നു മൃതരഹിതനായി അവൻ തീരുന്നു എന്നും പറഞ്ഞ് ഭഗവാൻ കിത്താബ് പൂട്ടിയപ്പോഴാണ് അർജുനീത ഒരു ചോദ്യം എന്താ അർജുനന്റെ ചോദ്യം നോക്കാം അർജുന അർജുന ഉവാച അർജുനൻ ഭഗവാനോട് ചോദിച്ചു കൈ ലിംഗീൻ ഗുണാൻ എത്തൻ അതീതേ പ്രഭോ കഥം ചേ ഗുണാൻ അതിവർത്തതേ അർജുനൻ ഇവിടെ ഒരു പുതിയ ശബ്ദം ഭഗവാനോട് ഹേ പ്രഭോ അല്ലയോ പ്രഭു ആയിട്ടുള്ള ഹേ സ്വാമിൻ എന്നൊക്കെയാണ് പ്രഭോ ഏതാൻ ത്രീൻ ഗുണാൻ ഏതാൻ ഈ ത്രീൻ ഗുണാൻ മൂന്ന് ഗുണങ്ങളെ അതീത കൈഹി അതീത അതിക്രമിച്ചവൻ കൈഹി ലിംഗൈഹി കൈഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയല്ല ഏത് ിംഗൈഹി അംഗങ്ങളോട് ചിഹ്നങ്ങളോട് ആ അതായത് ഉപ ഏത് ചിഹ്നങ്ങളോട് കൂടിയവനാണ് കിം ആചാരാച എന്താണ് അവൻ്റെ ആചാരം ഇവിടെ ഭഗവാൻ നേരത്തെ ആചാരങ്ങളൊക്കെ പറഞ്ഞു അവൻ എങ്ങനെയിരിക്കും ഏതവൻ സത്വഗുണം അധികരിച്ചവൻ സത്വഗുണത്തെ സ്വീകരിച്ചിട്ടുള്ളവൻ ഏത് പ്രകാരത്തിൽ ലോകത്തിൽ പ്രവർത്തിക്കും രജോ ഗുണി ഏത് പ്രകാരത്തിൽ ലോകത്ത് പ്രവർത്തിക്കും തമോഗുണി ഏത് പ്രകാരത്തിൽ ലോകത്തിൽ പ്രവർത്തിക്കും എന്നിട്ട് പറഞ്ഞു ഈ മൂന്ന് ഗുണങ്ങളെയും അതിവർത്തിച്ച ഒരുവൻ എൻ്റെ ഭാവത്തെ പ്രാപിക്കുന്നു പറഞ്ഞു അപ്പൊ അർജുനന് സ്വാഭാവികമായിട്ടും ആ വിദ്വാൻ ഏത് ലോകത്തിൽ വ്യാപരിക്കും എന്നറിയാൻ ഒരു ആഗ്രഹം ആ ആഗ്രഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് പ്രഭോ ഏതാൻ ത്രീൻ ഗുണാൻ അതീത കൈഹി ലിംഗൈ കിം ച അവൻ ഈ മൂന്ന് ഗുണങ്ങളെ അധിവർത്തിച്ചിട്ടുള്ളവൻ ഏത് ചിഹ്നങ്ങളോട് കൂടിയിട്ടുള്ളവനാണ് ഏത് ആചാരങ്ങളുള്ളവനാണ് ഏതാൻ ത്രീൻ ഗുണാൻ കഥം അതിവർത്തതേ ഏതാൻ ത്രീൻ ഗുണാൻ ഈ മൂന്ന് ഗുണങ്ങളെ എങ്ങനെ അതിവർത്തിക്കും അതും കൂടെ ഒന്ന് പറഞ്ഞു തരും സ്വാമി അതും കൂടെ ഒന്ന് പറഞ്ഞുതരു സ്വാമി പറഞ്ഞ ചില ഗുണങ്ങളൊക്കെ എനിക്കുണ്ട് പക്ഷെ ഒന്ന് രക്ഷപ്പെടണം എന്നുണ്ട് സ്വാമി പറഞ്ഞില്ലേ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം അത് എന്നെ സംബന്ധിച്ച് കുറച്ച് ശരിയാ കാരണം രാവിലെ എനിക്ക് ഒരു എട്ട് മണിയായാലും ഒരു നാലു മണിയൊക്കെ പോലെയാ രാവിലെ അങ്ങോട്ട് തല പൊന്നുന്നില്ല സ്വാമി പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ സ്വാമി പറഞ്ഞില്ലേ ദുഃഖം എന്റെ കാര്യം അച്ചിട്ട പോലെയ തമസ് അത് പിന്നെ അത്ര അങ്ങോട്ട് അതുണ്ട് അതായത് ദുഃഖമുണ്ട് അപ്പൊ ഇതെങ്ങനെയായത് ഇതൊന്ന് പറഞ്ഞു വരൂ എനിക്കറിയണം എന്നുണ്ട് ഭഗവാൻ ശരി ഞാൻ പറഞ്ഞു തരാം പക്ഷേ നാളെ ചില എഴുത്തുകൾ സംശയങ്ങളൊക്കെ വരുന്നത് സ്വാമിക്ക് അറിയില്ല ഇവിടെ വായിക്കാൻ പറ്റുന്നതാണോ എന്നൊന്ന് ചിലപ്പോ തോന്നും വായിക്കണ്ടാന്ന് ചിലപ്പോ തോന്നും വായിക്കണം എന്താ ഏ വായിക്കാന്നല്ലേ വേദങ്ങളും ഉപനിഷത്തുകളും ഗീതയും മനസ്സിലാക്കി അനുസരിച്ച് കർമ്മം ചെയ്യുകയും ഈശ്വരനെ മനസ്സിലാക്കുകയും ചെയ്തിരുന്ന ആൾക്ക് അൾസിമേഴ്സ് വന്നു മനസ്സിലായല്ലോ മറവിരോഗം വന്ന് വെറും മൂടനെ പോലെ പ്രവർത്തിക്കുന്ന സ്ഥിതി ആയാൽ മരണശേഷം മരണശേഷം എന്ത് സംഭവിക്കും മൂടയോനിയിൽ ജനിക്കുമോ അതോ ഉത്കൃഷ്ടമായ ജന്മം കിട്ടും സ്വാമിക്ക് അറിയില്ല തറയാ നമുക്ക് പറയാമോ അതുകൊണ്ട് സ്വാമിയോട് ക്ഷമിക്കുക ഉത്തരം നിങ്ങക്കറിയാലോ ചോദ്യം എഴുതിയിട്ടുള്ള ആളെ അധിക്ഷേപിക്കുകയല്ല ശാസ്ത്ര വിചാരം ഒന്നുകൂടെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകും കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള സംശയങ്ങളുള്ളവരുടെ മുഴുവൻ സംശയങ്ങൾ പോവട്ടെ അടുത്തത് കുറച്ച് സങ്കീർണമാണ് പ്രശ്നം എത്രയും ബഹുമാനപ്പെട്ട സ്വാമിക്ക് നല്ലത് ഞാൻ ഗീതാപാരായണം ഉദ്ദേശം അറുപത് ദിവസം കേട്ടു എൻ്റെ കുടുംബത്തിലെ അച്ഛനും മകനും തമ്മിലുള്ള മൂന്ന് കൊല്ലമായിട്ടുള്ള വഴക്ക് തീരുകയും ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും മറ്റും ചെയ്യുകയും ഉണ്ടായി ഗീതാ ഉപദേശം കൊണ്ട് മാത്രമാണ് സ്വാമി നല്ലത് എന്ന് പറയില്ല കാരണം വേറെ കത്ത് വേറെയും വരാം ഗീത കേൾക്കാൻ തുടങ്ങിയത് കാരണം ഞങ്ങൾ അമ്മലിപ്പ പിണക്കത്തിലാണ് സാധ്യതയുണ്ട് എന്ന് പറയാ അങ്ങനത്തെ ഒരു ട്രാപ്പിലൊന്നും നമ്മൾ വീഴില്ല എന്ന് പറയാ ഓ എത്ര നന്നായി എന്ന് എന്നാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച മറൈൻ ഡ്രൈവിൽ അഞ്ച് ധ്യാനം കൂടി പക്ഷേ എനിക്ക് കാലിന് വേദന മൂന്ന് കൊല്ലമായി ഉണ്ടായിരുന്നു അവസാന ദിവസത്തെ ധ്യാനത്തിൽ രാവിലെ കാലിന് വേദനയും കണ്ണിന് കാഴ്ചക്കുറവ് വരികയും പ്രസംഗത്തിൻ്റെ ശക്തിയിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന നൂറിൽ പരം ആളുകളുടെ വേദനയും കണ്ണിന് കാഴ്ചയും കിട്ടി ധ്യാനത്തിൻ്റെ ശക്തിയിൽ എന്ന് വേദിയിൽ വന്ന് അവർ പറഞ്ഞു ഗീതാവചനം കേട്ടാൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഭക്തൻ എൻ്റെ പൊന്നാര ഭക്ത ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല കാലിന് വേദനയോ കണ്ണിന് വേദനയോ ഒക്കെ ഉണ്ട് ഉണ്ട് എങ്കിൽ സ്വാമി പറയുക നല്ലൊരു ഡോക്ടറെ കാണുക ആ ഡോക്ടർ ധന്വന്തരിയാണ് ഭഗവാന്റെ സാക്ഷാൽ രൂപമാണ് എന്നറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടുക മനസ്സിന് കരുത്ത് നൽകുന്ന കാര്യങ്ങൾ ഇവിടെയുണ്ട് അത് ചിലപ്പോൾ ഡോക്ടർക്ക് ഒരു അറിവുള്ള ഡോക്ടറെ സംബന്ധിച്ച് അതും കൂടെ ഉണ്ടാവും മനസ്സിൻ്റെ കരുത്തും കൂടെ നൽകാൻ പോകുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹത്തിന് നിർദ്ദേശിക്കാൻ പറ്റി വരും ഇതൊന്നും പറയാൻ സ്വാമിക്ക് ഒരു വിഷമവും ഇത് ശുദ്ധശാസ്ത്ര വിചാരമാണ് ഇത് നിങ്ങൾ ഈ ദുനിയാവിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നോളൂ ഇത്ത ഈ പങ്കും ലങ്കയതേഗിരിയും മൂകം കരോതി വാചാലം എന്ന ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് സ്വാമിയെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂകം കരോതി വാചാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂകനായിട്ടിരിക്കുന്ന ഒരുവൻ ഗീതാശ്രവണം കേട്ട ഉടനെ പിറ്റേ ദിവസം സംസാരിക്കും എന്നല്ല പങ്കും ലങ്കയേതേ ഗിരി എന്ന് പറഞ്ഞാൽ മുടന്തൻ മല കയറുക എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം കാലൊക്കെ നേരെ അവനങ്ങോട്ട് ഓടിക്കയറും എന്നല്ല അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ എന്തോ നമുക്കറിയില്ല അതോ അത്തരത്തിലുള്ള യാതൊന്നും നമ്മൾ പറയൂല നമുക്കങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ല നമ്മളെ സംബന്ധിക്കുന്ന അനുഭവം ഇതൊക്കെയാണ് നമ്മുടെ ഒരു നമ്മൾ അതിന് പറഞ്ഞിട്ടുള്ള ഉദാഹരണം നിങ്ങൾ ഓർക്കും എന്ന് സ്വാമി പ്രതീക്ഷിക്കണം ഓർമ്മിക്കണം ഹോക്കിങ്സാണ് നമ്മുടെ മുൻപില് അതിന് നമുക്ക് നിങ്ങളുടെ മുൻപില് വെക്കാനുള്ളതെന്ന് പറയാം ശരീരത്തിന്റെ എൺപത് ശതമാനം തളർന്നിട്ടുള്ള കേവലം ഇരുപത് ശതമാനം മാത്രം പ്രവർത്തിക്കുന്ന ആ നാടീ ഞരമ്പുകളെ വെച്ച് ഈ ലോകത്തിൻ്റെ രഹസ്യത്തെ ഉരുക്കഴിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്രകാരൻ അദ്ദേഹത്തിന് കരുത്തു പകരുന്നത് എന്താണ് ഭഗവത്ഗീതയാണെന്ന് നമ്മൾ പറയില്ല അദ്ദേഹം വായിക്കുന്നുണ്ടോ വായിക്കുന്നില്ലേ എന്തോ അറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ അന്തരാത്മാവുണ്ടല്ലോ ഉദരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദേത് നിങ്ങളനുവദിക്കാതെ സ്വാമി ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾ അനുവദിക്കാതെ നിങ്ങളെ ഉയർത്താൻ നിങ്ങളെ ഉദ്ധരിക്കാൻ നിങ്ങളെ താഴ്ത്താൻ ഈ ലോകത്തൊരു പുരോഹിതനും സാധ്യമല്ല ഒരാൾക്കും സാധ്യമല്ല ഒരു ശങ്കരാചാര്യർ വിചാരിച്ചാലും ഒരു മാർപ്പാപ്പ വിചാരിച്ചാലും ഒരു മുല്ലാക്ക വിചാരിച്ചാലും അത് സാധ്യമല്ല നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ മാത്രം നിങ്ങളതിന് തയ്യാറാകുന്നുവെങ്കിൽ എങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ എന്ന് പറയുക ഈ ശാസ്ത്ര അത്തരത്തിലൊരു കാര്യത്തെയല്ല നമ്മുടെ മുൻപിൽ തരുന്നത് അതുകൊണ്ട് പിന്നെ നമ്മുടെ സ്വാമിജിയും അങ്ങനെ ഒരു സ്വാമിജിയാ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ സമയത്ത് അവന്റെ തലയിലെ എണ്ണ എന്റെ കയ്യിലാവുക എന്നല്ലാതെ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാ ചോദിച്ചത് അപ്പൊ അദ്ദേഹത്തിനും കൂടെ നിരക്കാത്തത് നമ്മൾ പറയാൻ പാടില്ലല്ലോ അദ്ദേഹമൊക്കെ വന്ന വഴി അങ്ങനെയാണ് അതുകൊണ്ട് സ്വാമിയോട് ഇത്തരത്തിലുള്ളതൊക്കെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സംഭവിച്ചവർ എന്തെങ്കിലും ആവട്ടെ നമുക്കറിയില്ല അതൊന്നും സ്വാമിയുടെ വഴി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഇതാ ഈ ശാസ്ത്രം ഇതിൻ്റെ കരുത്ത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിത രീതിയിൽ ഈ ശാസ്ത്രം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു തലമുണ്ട് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ല അത് ഉള്ളിലങ്ങനെ സംഭവിക്കും അത് കണ്ണ് കാണാത്തവന് കണ്ണായി വരുന്നത് വേറെ ചിലതാണ് വേറെ ഏതൊക്കെയോ ചില കണ്ണുകൾ ചില പേശികൾ ഒക്കെ പ്രവർത്തിച്ച് തുടങ്ങും ബാഹ്യമായ യാതൊരു ലക്ഷണവും കാണില്ല എന്ന് പറയാം ആന്തരികമായിട്ട് എവിടെയൊക്കെയോ ചിലത് ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കുക ശരി നമുക്ക് വിഷയത്തിലേക്ക് വരാം അർജുനൻ ഭഗവാനോടൊരു ചോദ്യം ചോദിക്കുന്നു എന്താ ചോദ്യം പ്രഭോ ഹേ സ്വാമിന് ഏതാൻ ത്രീൻ ഗുണാൻ അതീത കൈ ലിംഗൈ കിം ആചാര ഏതാൻ ത്രീൻ ഗുണാൻ കഥം അതിവർത്തതേ ഈ മൂന്ന് ഗുണങ്ങളെ അതിവർത്തിച്ച ഒരുവൻ എന്തായിരിക്കും ആ ആളുടെ ചിഹ്നങ്ങൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏതാണ്ട് ത്രീൻ ഗുണാൻ കഥം അതിവർത്തതേ ഇനി ഈ ഗുണങ്ങളെ എങ്ങനെയാണ് അതിവർത്തിക്കേണ്ടത് ഈ ഗുണങ്ങളെ അതിക്രമിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് ചുരുക്കി പറഞ്ഞാൽ ഗുണാതീതന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഭഗവൻ അതാണ് ചോദ്യം നമുക്ക് എന്താണ് ഭഗവാൻ ഉത്തരം കൊടുക്കുന്നത് എന്ന് നോക്കാം ശ്രീ ഭഗവാനുവാ പ്രവൃത്തിവ പാണ്ഡവ നവൃത്ത ശ്രീ ഭഗവാൻ ഉച്ച മറുപടി കൊടുക്കുന്നു പ്രകാശം ചവൃത്തിവേ പാഡവ ന േി സംപ്രവൃത്ത നിവൃത്തതി അല്ലോ അർജുന പാണ്ഡവ പ്രകാശം ചവൃത്തി മോഹം ചവൃത്തേ നിവൃത്തതി എവ എന്താണ് പ്രകാശം ചകാശം പ്രകാശത്തെയം അഥവാ ജ്ഞാനത്തെ പ്രവൃത്തി കർമ്മത്തെയും അല്ലെങ്കിൽ പ്രവൃത്തിയെയും മോഹം ച മോഹത്തെയും അല്ലെങ്കിൽ അജ്ഞാനത്തെയും സംപ്രവൃത്താനി ച സംപ്രവൃത്താനി സംപ്രവൃത്താനി എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുമ്പോൾ ഇതിന്റെ ചേർച്ചയിൽ ഇപ്പം കർമ്മ കർമ്മം അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കില് മോഹം ഇത്യാദികളുടെ ചേർച്ചയില് ഒരുവൻ നീ ചോദിച്ചുവല്ലോ അവന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് Not He not He He He He the the ി അവൻ വെറുക്കുന്നില്ല അവൻ അവനെ വെറുക്കുന്നില്ല അവൻ അവന്റെ കർമ്മങ്ങളെയും വെറുക്കുന്നില്ല ഇത് വളരെ എന്താ ആഴത്തിൽ മനസ്സിലാക്കേണ്ടുന്ന നമുക്ക് നാം തീരുമാനം എടുക്കേണ്ടുന്ന ഒരു കാര്യമത് ഏത് നാം വെറുക്കരുത് എന്ന് പറയാം നമ്മെ ഒരിക്കലും വെറുക്കരുത് നമ്മുടെ കർമ്മത്തെയും വെറുക്കരുത് പലപ്പോഴും ആളുകൾ കഴിഞ്ഞ കാലം ചെയ്തിട്ടുള്ളതിനെക്കുറിച്ച് ഓർത്തോർത്ത് സ്വയം വെറുത്ത് സ്വയം ശപിച്ച് ഇങ്ങനെ കഴിയുന്നു എന്നിട്ട് ചോദിക്കുന്നു എന്താണ് എവിടെ നിന്നാണ് ഈ നവോന്മേഷം എവിടെ നിന്നാണ് ഇത് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് ഇപ്പൊ ചോദ്യം വേറൊരു പ്രകാരത്തിൽ അങ്ങനെയാണ് എങ്ങനെയാണ് ഇതിന്റെ ആ നവോന്മേഷം നമ്മൾ ഈ നവോന്മേഷം ഉണ്ടാവുന്നത് എങ്ങനെ കുട്ടികളൊക്കെ കുട്ടികളെ ഈ സ്കൂളുകളിലൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പോകുമ്പം അവർ ചോദിക്കാറുള്ള എങ്ങനെയാ സ്വാമി ഉന്മേഷം ഉണ്ടാവുക നവോന്മേഷം ഉണ്ടാവുന്നത് എങ്ങനെയാണ് നമുക്ക് തിരിച്ച് ചോദിക്കാനുള്ളതാണ് എവിടുന്ന് ഈ ആലസ്യം വരുന്നത് എവിടെ നിന്ന് ഈ മൂടത എവിടുന്നാണ് ഈ അജ്ഞാനം വരുന്നത് നവോന്മേഷം എവിടുന്ന് വരുന്നു എന്ന് ചോദിക്കാതിരിക്കൂ പിന്നെയോ ഈ അജ്ഞാനം വരുന്നത് എവിടുന്ന് മൂടത ഉണ്ടാവുന്നത് എവിടുന്ന് ആലസ്യമുണ്ടാകുന്നത് എവിടെ നിന്ന് അപ്പൊ നമുക്കറിയാൻ പറ്റും ഈ ആലസ്യവും മൂടതയും അജ്ഞാനവും എല്ലാം വന്നു പോകുന്നതാണ് നവോന്മേഷം സ്ഥിരമാണ് അതെൻ്റെ സ്ഥായിയായ ഭാവമാണ് അപ്പൊ ഈ വരുന്ന മൂടതയെ അജ്ഞതയെ ഞാൻ എന്ത് വേണം ദൂരീകരിക്കേണ്ടതുണ്ട് അതിനെ ജയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനായി ഇരിക്കേണ്ടതുണ്ട് താൽക്കാലികമായി വലിഞ്ഞു കയറിയ ഈ എന്താ പ്രകൃതിയിൽ നിന്ന് തന്നെ സംജാതമായ ഇതൊക്കെ നികൃഷ്ടം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് ഏറ്റവും വലിയ കുഴപ്പം അറി അതൊക്കെ നികൃഷ്ട ഗുണങ്ങളെന്ന് ആചാര്യന്മാർ പറഞ്ഞത് അതുമായി അധികം താതാത്മ്യം പ്രാപിക്കേണ്ട എന്ന് ഒന്നൊരു സൂചന കൊടുത്തതാ പേരിടണമല്ലോ അതുകൊണ്ടിട്ടതാണ് പക്ഷേ നമ്മൾ ഒരിക്കലും ഇത് വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്ക് കേസ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെയല്ല അതിനെ നേരെ നോക്കുക അതിനെ അറിയുക അതിജീവിക്കുക അതുകൊണ്ട് നദ്വേഷ്ടി എന്നുള്ളത് ഓർമ്മയിരിക്കട്ടെ ആ മൂടത് മൂടത്വം വരും പോകും സ്ഥായിയല്ല എന്ന് പറയും ആകമാ പായിന അത് വന്നു നിത്യമല്ല നദ്വേഷ്ഠി അതുകൊണ്ട് വെറുക്കേണ്ടതില്ല നാങ്കതി ഇനി ഒന്നാഗ്രഹിക്കുന്നു ഇല്ല ന കാക്ഷതി ഏവ ഒന്നിനെയും അവൻ ആഗ്രഹിക്കുന്നുമില്ല നമ്മളങ്ങനെയാണ് നമ്മൾ വിചാരിക്കും ഹോ നമ്മളാ ബാംഗ്ലൂർ കഴിഞ്ഞത് എത്ര നല്ലൊരു ഇതായിരുന്നു ഇല്ലേ ഓ ഇങ്ങോട്ട് പോന്നു എല്ലാം ഇപ്പം ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ സ്വാമി ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു തന്നെ ഉള്ളൂ നമ്മൾ മട്ടാഞ്ചേരിയുള്ളപ്പൊ എന്ത് രസമായിരുന്നു ഇല്ലേ അല്ലെങ്കിൽ കോഴിക്കോട് അല്ലേ കോഴിക്കോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിയുടെ സ്ഥലമാണ് വേണ്ട അവിടുന്ന് പോന്നതേ നന്നായി ശരി തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തൃശൂരിലുള്ള സമയത്ത് അല്ലെങ്കിൽ ബോംബെയിൽ കഴിഞ്ഞ സമയത്ത് ഡൽഹിയിലുള്ള സമയത്ത് ഇങ്ങനെ ചില സ്ഥലത്ത് കുറച്ചു കാലം നമ്മൾ സുഖമായി കഴിഞ്ഞുവെന്നും അല്ലെങ്കിൽ അന്നൊക്കെ എത്ര സുഖമായിരുന്നു ഇപ്പം നോക്കൂ ഇവർ വന്നതോടുകൂടി എല്ലാം പോയില്ലേ അപ്പം അന്നത്തെ സുഖത്തെ ആലോചിച്ച് ഇന്നിങ്ങനെ വഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വീട്ടിൽ തന്നെ ചില അമ്മമാര് വളരെ അവർക്ക് ഈ എന്താ വേറൊരു ഭാഷ പ്രയോഗിക്കാൻ അറിയാമല്ലോ അതൊരു പ്രത്യേക ഭാഷയാണത് കല്യാണം കഴിഞ്ഞ് മരുമകൾ വീട്ടിൽ വന്ന് അവളൊക്കെ അങ്ങനെ ഇരുന്ന് എല്ലാം കൂടെ ഇരിക്കുന്ന സമയത്ത് പറയും മുൻപൊക്കെ എന്ത് രസമായിരുന്നൂല് അപ്പൊ അവർക്ക് അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ആ കഴിഞ്ഞ ഓണം എന്ത് രസമായിരുന്നു പക്ഷെ ഈ ഓണത്തിനൊരു എന്താന്നറിയില്ല മനസ്സിലാവുന്നുല്ല പറയുന്നു ഇങ്ങനെ ഉണ്ട് എന്താ ഈ ഓണം എന്താണെന്നറിയില്ല അങ്ങോട്ട് അത്ര അങ്ങോട്ട് പോരാ അല്ലടാ ചെറിയോട് ആ അതെ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ വേഗം പറയും ചെയ്യും നീ ചേച്ചി വന്നതിന് ശേഷമാണ് ഇങ്ങനെ അതോടുകൂടി കഴിഞ്ഞു അമ്മ അതല്ലേ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും കാക്ഷതിയേവ ഒന്നും ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഗുണങ്ങളുമായി സമ്പർക്കത്തിലായി ആ സമ്പർക്കത്തിൽ അനുഭവിക്കുന്ന അനുഭവത്തെ സ്മൃതിപഥത്തിൽ കൊണ്ടുവന്ന് അതിനെ ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കലോ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾക്ക് ആ എന്താ പറയുക തമസിൻ്റെയോ രജസിൻ്റെയോ ഗുണത്തിൻ്റെ സ്വാധീനത്തിൽ താൻ ചെയ്യപ്പെട്ട കർമ്മങ്ങളെക്കുറിച്ച് ഓർത്തുവെച്ച് വിലപിക്കുന്നില്ല എന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ ഗുണാതീതൻ എപ്പോഴും വർത്തമാനത്തിലിരിക്കുന്നവനാ അവൻ ഗതകാല സങ്കൽപ്പങ്ങളോടും ഭാവികാല ആശങ്കകളിലും പെട്ട് വർത്തമാനകാലത്തെ വർത്തമാനം പറഞ്ഞ് കളയുന്നില്ല എന്ന് പറയും അതാണവൻ്റെ ഒരു അറിവിൻ്റെ ലക്ഷണം ഗതകാല സങ്കല്പങ്ങളിലും ഭാവികാല ആശങ്കകളിലും പെട്ട് വർത്തമാനകാലത്തെ വൃതാ കളയാത്തവൻ അവനാണ് ഗുണാതീതൻ തുടർന്ന് ഭഗവാൻ മൂന്ന് ശ്ലോകങ്ങളെ ഒരുമിച്ച് അന്വയിപ്പിക്കുക അർജുനന്റെ മുൻപില് നോക്കാം ഉദാസീനവദാസീന ഗുണൈര്യോനവിചാല്യ ഗുണാവർത്തേവ യോവതി സമദുഖസുഖമലോഷ്ടാശ്മനോധീരനിത്മസംസ്തുതിനയോസ്തുല്യു മിത്രിപക്ഷ परित्यागी गुणातीत ംഭപരിത്യാഗി ഗുണാതീത പന്ത്രണ്ടാം അധ്യായത്തില് സമേ ഭക്തപ്രിയ മേ ഭക്തപ്രിയ എന്റെ പ്രിയപ്പെട്ട ഭക്തൻ ആരാണ് ഭക്തൻ എന്ന് പറഞ്ഞത് ഇവിടെ ഭഗവാൻ പറയുന്നു അവനെ ഗുണാതീത സ ഉച്ച സ ഗുണാതീത ഉച്ച ഗുണാതീതൻ എന്ന് പറയുന്നു ആരാണ് ഗുണാതീതൻ പറയണു ഉദാസീനവത് ആസീന ഗുണൈ യെ ഗുണാവർത്തേ യവതിഷ്ടമ ദുഃഖസുഖസ്വസ്ഥ സമ ലോഷ്ടാശ്മനുല്യോ ധീര തുല്യനിന്ദാത്മ സംസ്തുതി മാനാപമാനയോ തുല്യ തുല്യ മിത്ര അരിപക്ഷയോ സർവാരംഭപരിത്യാഗി ഗുണാതീത സ ഉച്ച യഹ ഉദാസീനവത് ആസീന യഹ യാതൊരുവനാണോ ഉദാസീനവത് ഉദാസീനൻ എന്ന പോലെ ഉദാസീനൻ എന്ന് പറഞ്ഞ ഒരു കക്ഷിയിലും ചേരാത്തവൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് െ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വതന്ത്രന്മാരാണ് അങ്ങോട്ട് അതിനു മുമ്പേ അവരൊരു കരാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും രണ്ടുപേരോടും അതല്ല ഇവിടെ ഉദാസീനൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിലും കക്ഷി ചേരാത്തവൻ ഒരു ഗുണങ്ങളോട്ടും ഒന്നിനോട്ടും ഒരു പ്രകാരത്തിലും താൻ എന്താ പ്രാപിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളുടെ സാക്ഷിയാണ് താൻ എന്ന് പറയുക ഉദാസീനൻ ഉദാസീനൻ എന്ന് പറഞ്ഞ ഉദാസീനന്റെ ജീവിതത്തില് എന്തൊക്കെ നടക്കുന്ന സംഭവ സമയത്തും ഏത് സംഭവങ്ങളെയും സാക്ഷിയായി നിരീക്ഷിക്കും ആസീനഹ യഹ യാതൊരുവനാണോ ഉദാസീനവത് ഉദാസീനൻ എന്ന ഉദാസീനൻ എന്ന് പറഞ്ഞ ഒരു കക്ഷിയിലും ചേരാത്തവൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ചില ആൾക്കാരുണ്ട് അല്ലെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വതന്ത്രന്മാരാണ് അങ്ങോട്ട് അതിനു മുമ്പേ അവരൊരു കരാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും രണ്ടുപേരോട്ടും അതല്ല ഇവിടെ ഉദാസീനൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ര ഒന്നിലും കക്ഷി ചേരാത്തവൻ ഒരു ഗുണങ്ങളോട്ടും ഒന്നിനോട്ടും ഒരു പ്രകാരത്തിലും താൻ എന്താ പ്രാപിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളുടെ സാക്ഷിയാണ് താൻ എന്ന് പറയുക ഉദാസീനൻ ഉദാസീനൻ എന്ന് പറഞ്ഞാൽ ഉദാസീനന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്ന സമയത്തും സംഭവങ്ങളെയും സാക്ഷിയായി നിരീക്ഷിക്കും ഉദാസീനവത് ഉദാസീനവത് ആസീനഹ അങ്ങനെ ആസീന എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവനായി അതൊരു ഇരിപ്പാണ് അല്ലാത്തവർക്ക് ഇരിപ്പില്ല എന്ന് പറയാം ഇരുന്നാലും അവരങ്ങനെ എഴുന്നേൽക്കും ഇരിക്കുമ്പോൾ അവർക്ക് തോന്നും എഴുന്നേൽക്കണം എഴുന്നേൽക്കുമ്പോഴും തോന്നും നടക്കണം നടക്കുമ്പം തോന്നും കിടക്കണം കിടക്കുമ്പം തോന്നും തിരിഞ്ഞു കിടക്കണം ഇങ്ങനെ കുറച്ച് ടി വി കാണണം എന്ന് തോന്നും പിന്നെ പത്രം വായിക്കണം തോന്നും ഇരുപ്പില്ല എന്ന് പറയാ ഉദാസീനവത് ആസീന അങ്ങനെ ഉദാസീനനായി ഇരിക്കുന്ന അവൻ ഗുണൈഹി ഗുണൈഹി ഗുണങ്ങളാൽ സത്വ രജ തമോ ഗുണങ്ങളാൽ ന ഇളകപ്പെടുന്നില്ല സത്വഗുണമാകട്ടെ രജോ ഗുണമാകട്ടെ ഒരുവനെ ഇളക്കുന്നില്ല എന്ന് പറയാം ഒന്ന് ഗുണാതീതന്റെ ലക്ഷണം ഇളക്കാൻ പോന്നതാവരുത് അതിന് നാം നമ്മൾ അനുവദിക്കരുത് അതാണ് സ്വാമി നേരത്തെ പറഞ്ഞത് നമ്മൾ അനുവദിച്ചാൽ മാത്രമേ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് സ്വാമിജി എപ്പോഴും പറയാറ് നമ്മുടെ റിമോട്ട് നമ്മൾ വല്ലവർക്കും കൊടുത്തിരിക്കുക നന്നായിട്ട് ഓർക്കുന്നത് നല്ലതാണ് എന്നിട്ട് അവരിങ്ങനെ ഓരോ ഞെക്ക് ഞെക്കുമ്പം നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ടി വിയിൽ ദൃശ്യങ്ങൾ മാറുന്നത് പോലെ അവരാദ്യം പറയും സാരി നന്നായിട്ടുണ്ട് അല്ലേ പക്ഷെ ബ്ലൗസ് പോരാ എന്ന് പറയുമ്പോൾ െ അവർ ഞെക്കും അല്ലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് നല്ലതെന്ന് പറയുമ്പോ അതെ ഏ ഇത് ചേരില്ല എന്ന് പറഞ്ഞാൽ അതെ ഇങ്ങനെ നമ്മളെ എങ്ങനെ വേണമെങ്കിലും തിരിപ്പിക്കാം ഈ റിമോട്ട് വെച്ചിട്ട് അപ്പൊ നമ്മുടെ റിമോട്ട് ആരുടെ കയ്യില നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തിരിക്കുക വരുന്നവർക്കൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള അവസരങ്ങൾ നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ആ എന്നിട്ട് എന്ത് പറഞ്ഞു അവര് ഇല്ല അങ്ങനെ അല്ല എന്നാലും ഒന്നും പറഞ്ഞില്ലേ ആ കണ്ടു എന്ന് പറ കണ്ടൂന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറയും അവർക്കങ്ങനെ പറയാൻ നിങ്ങൾ പറയിപ്പിക്കുന്നു അവരെ കൊണ്ട് അപ്പം ഒരു പ്രകാരത്തിലും നമ്മൾ എന്താ ന വിചാല്യത ഇനി വല്ലവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടെങ്കിലോ ഇളകേണ്ട ആവശ്യമില്ല വിചാല്യത യഹ യാതൊരുവൻ ഗുണാഹ ഏവ വർത്തന്തേ യാതൊരുവൻ ഗുണങ്ങൾ മാത്രമാണ് വർത്തന്തേ ആ കർത്തൃത്വേന അതിൻ്റെ അത് പ്രകൃതി ഗുണമാണ് എന്നറിഞ്ഞ് അതിൽ വർത്തിക്കുന്നത് അത് അതിൻ്റെ സഹജമായ സ്വഭാവമാണ് എന്നറിഞ്ഞിട്ട് അവധിഷ്ഠതി അങ്ങനെ അതിൽ ഉറപ്പായിട്ട് ഇരിക്കും അവൻ ന ഈംഗത അവനും ഇളകുന്നില്ല എന്ന് പിന്നീ ഗുണങ്ങൾ വന്ന് ഒരു ഉദാഹരണം പറഞ്ഞത് ഓർക്കുക വിവേകാനന്ദ സ്വാമികൾ തൻ്റെ സുഹൃത്തിൻ്റെ മരണത്തിൽ പൊട്ടിക്കറിയണം ആ സമയത്ത് ശിഷ്യൻ ചോദിക്കുന്നു സ്വാമിജി എന്താ ഇങ്ങനെ കരയുന്നത് അപ്പൊ സ്വാമിജി പറയണു അതിൻ്റെ ഇന്ദ്രിയങ്ങള് അതിനോട് പ്രതികരിക്കുന്നതാണ് ഉം അത്രയേ ഉള്ളൂ അത് അതിന്റെ ജോലി ചെയ്യട്ടെ ഞാൻ അതിനെ ഞാൻ അതിനെ അനുവദിച്ചു കൊടുക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് പൊട്ടിക്കരയണം എന്ന് തോന്നുമ്പം പൊട്ടിക്കരയ്യ പൊട്ടിച്ചിരിക്കണം തോന്നുമ്പം പൊട്ടിച്ചിരിക്കുക ഒരു മടിയും വേണ്ട അപ്പൊ നമ്മൾ അങ്ങനെയല്ല അപ്പൊ നമ്മൾ കരയില്ല പേടിയാണ് കരഞ്ഞാൽ നാട്ടുകാര് എന്ത് വിചാരിക്കും ചിരിക്കാനോ അതിലേറെ പേടിയാണ് ഇവിടെ തന്നെ പൊട്ടിച്ചിരിക്കണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്ന് പറയാം അതിന് പല കാരണങ്ങളുണ്ടാവും അതെന്താ സ്വാമി അതേണ്ട ഗുണാഹ വർത്തന്തേ ഗുണങ്ങൾ കർത്തൃത്വേന അതിനനുസരിച്ചിട്ട് വർത്തിക്കണമെന്ന് പറയാം ന ഇംഗതെ ഇളകുന്നില്ല അവൻ എന്ന് പറയാം യഹ യാതൊരുവൻ സമദുഖസുഖ സുഖങ്ങളിൽ സുഖദുഃഖങ്ങളിൽ സമനായി സ്വസ്ഥനായി സ്വസ്ഥ സ്വസ്ഥനായി എന്താ ധനമുണ്ട് ചിലരൊക്കെ ചിലരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഇവർക്ക് എന്തിൻ്റെ കേടാണ് എന്താ നോക്കുക അവരുടെയിൽ എത്രയ കാശെന്ന് അറിയാം രണ്ട് വീട് പൂട്ടിയിട്ടിരിക്കണോ ഒരാൾക്ക് വാടകയ്ക്ക് പോലും കൊടുക്കാതെ എന്നിട്ട് അവർ പറയണ അവർക്ക് സ്വസ്ഥത ഇല്ല ഇവർക്കൊക്കെ നല്ല അടി കിട്ടാനിട്ടാണ് അപ്പം നിങ്ങളുടെ കാര്യമോ ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇല്ലേ മറ്റവർക്കോ പ്രശ്നങ്ങളൊന്നുമില്ല ആരാണ് അവർക്ക് പ്രശ്നങ്ങൾ ഇല്ല പറഞ്ഞ് നമ്മള് എന്നാ അവരോട് ചോദിക്കൂ ഒരു വലിയ ധനികൻ കോടീശ്വരൻ കരോർ പതി അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ പ്രധാനിയായിട്ടുള്ള ഈ അദ്ദേഹത്തിന്റെ സ്വത്ത് വകകളൊക്കെ അറിയാവുന്ന ആളെ മാനേജർ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ കാര്യസ്ഥൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം കൂടെ എത്ര ഉണ്ടാവും ഒന്ന് നോക്കാൻ ഇന്നത്തെ നിലവാരം വെച്ചിട്ട് നമ്മുടെ ആസ്തി എത്രയുണ്ട് എന്ന് കണക്കൂട്ടി പറയാൻ പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു അഞ്ചുപത്തു ദിവസം എടുക്കും കാരണം ഇത് ഇന്ത്യ രാജ്യം മുഴുവൻ വ്യാപിച്ചിരിക്കുക പലയിടത്തും ഉണ്ടേ പറയും ഏതായാലും കൊണ്ടു പറഞ്ഞു ഏഴ് തലമുറയ്ക്ക് ലാവിഷായിട്ട് കഴിയാനുള്ളതുണ്ട് എന്ന് പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ കൈ കൊടുത്തിരിക്കുക എന്ത് പറ്റി അല്ല എട്ടാമത്തെ തലമുറ എന്ത് ചെയ്യുന്നു അവരുടെ കാര്യം ഞാൻ ആലോചിക്കാം അവരെങ്ങനെ ജീവിക്കുന്നു ഇതാണ് എട്ടാമത്തെ തലമുറയുടെ കാര്യം അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ സ്വാമി ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിലും കഷ്ടമാണ് ഇപ്പൊ നമ്മുടെ ദുഃഖത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സമദുഖ സുഖസ്വസ്ഥ സ്വസ്ഥനായി സമലോഷ്ടാശ്മന മുൻപ് വന്ന ആശയമാണ് മൺകട്ടയും രത്നവും സ്വർണവും ഒരുപോലെ കാണുന്നവൻ എന്ന് പറയുമ്പം ശ്രദ്ധിക്കണം മൺകട്ടയെ സ്വർണം പോലെയോ സ്വർണത്തെ മൺകട്ട പോലെയോ കാണുന്നവനല്ല കാണുന്നവൻ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല അല്ലേ അതായത് ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു നായക്കൊരു സ്വർണ്ണ ബിസ്ക്കറ്റ് ഇട്ടുകൊടുത്താൽ നായ ചാടിക്കടിക്കുക ഇല്ല നായ മണത്തു നോക്കുമെന്ന് പറയാം അതിന് സാധാരണ ഒരു ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് ഇട്ടുകൊടുത്താലോ അത് ചാടി പിടിക്കും നമുക്കാണെങ്കിലോ അല്ലെ നമ്മൾ ഏത് ചാടി പിടിക്കും അപ്പൊ സ്വർണം സ്വർണമായിട്ട് അതിനെ അർഹിക്കുന്ന മൂല്യത്തോടുകൂടി കാണുന്നു പക്ഷേ മണ്ണിനെ മണ്ണായിട്ടും കാണുന്നു ചിലർ സ്വർണത്തെ മാത്രം കാണുന്നു മണ്ണിനെ കാണുന്നില്ല സമലോഷ്ടാശ്മന എല്ലാറ്റിനെയും തുല്യമായി കാണുന്നു ഭഗവത്ഗീത വ്യാസ ഭഗവാൻ രണ്ട് എക്സ്ട്രീം എടുക്കുകയാണ് ഒന്നിൻ്റെ ഏറ്റവും ഉയർന്നതും ഒന്ന് ഏറ്റവും താഴ്ന്നതും സ്വർണ്ണമാണ് നമ്മെ സംബന്ധിക്കുന്ന ഏറ്റവും മൂല്യവത്തായ ഒന്ന് അതാണല്ലോ ലോകത്തിൽ പലതും നിശ്ചയിക്കുന്നത് അല്ലേ പിന്നെയോ ആരംഭം മണ്ണിലാണ് ഇത് രണ്ടിനെയും ഒരുപോലെ കാണുന്നവൻ ഇതിൽ വലിയ ഈ കാഴ്ചയിൽ പലതുമുണ്ട് കാരണം മണ്ണിൽ തന്നെയാണ് ഇവൻ ഇരു ഇരിക്കുന്നതും മണ്ണിലാണല്ലോ ഇതിന്റെ ആസ്ഥാനം സ്വർണത്തിന്റെ അപ്പൊ അതിനെയൊക്കെ ആഴ്ന്നിറങ്ങി കാണുന്നവൻ ഒരുപോലെ കാണുന്നു തുല്യപ്രിയപ്രിയ പ്രിയത്തിലും അപ്രിയത്തിലും തുല്യം എന്ന് പറയുക അതായത് തനിക്ക് പ്രിയമായിട്ടോ അപ്രിയമായിട്ടോ ആരുമില്ല കുറ്റം പറയാത്തവൻ എന്ന് പറയാ നമ്മളൊക്കെ എന്താ എന്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഉടനെ വേറൊരാൾ വേറൊരാളെ കുറ്റം പറയില്ലേ അത് അവർ പറഞ്ഞിട്ടാണ് ഒരാളൊരു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു പുതിയതായിട്ട് എന്താ ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത എന്നാണെങ്കിൽ അവൻ ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആൾ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു അപ്പോൾ ഒരു പത്രക്കാരും ചോദിച്ചു ഇപ്പം ഒരുപാട് കമ്പ്യൂട്ടറൊക്കെ ഉണ്ടല്ലോ ഇവിടെ അപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത എന്താണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു അതെ ആരാ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതെന്നറിയോ മുല്ലയാണ് അപ്പം മുല്ല പറഞ്ഞു അതെ എൻ്റെ ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്തിട്ട് ആ പ്രോഗ്രാം അതിൽ തെറ്റായി വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ കമ്പ്യൂട്ടർ മറ്റേ കമ്പ്യൂട്ടറിനെ കുറ്റം പറയുന്നു ഇതെൻ്റെ ഉത്തരവാദിത്വമല്ല ഇത് മറ്റേ കമ്പ്യൂട്ടറിൻ്റെ കുഴപ്പമാണെന്ന് പറയും എങ്ങനെയുണ്ട് കമ്പ്യൂട്ടർ അതാലോചിക്കേണ്ട ഒന്നാണ് കേട്ടോ ഈ കമ്പ്യൂട്ടർ അത് മറ്റുള്ളതിനെ നമുക്ക് എന്ത് നമ്മൾ ഉടനെ പറയുന്നത് അവരൻ്റെ അവരൻ്റെ മേലിലേക്കാണ് നമുക്കത് പഴിചാരാനുള്ളത് എന്ന് പറയാം ഇവിടെ പ്രിയമാവട്ടെ അപ്രിയമാവട്ടെ അതിൽ തുല്യത ധീര ധീരത ധീരത കണ്ടതാണ് രണ്ടാം അധ്യായത്തിൽ ധീരൻ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചവൻ വിഷയേഭ്യ ധിയം രാ അതിന് പോംവഴികൾ കണ്ടെത്താത്തവൻ നമ്മൾ പല ഉപായങ്ങൾ കണ്ടെത്തും നിങ്ങളോട് സ്വാമി പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല വളരെ രസകരമായിട്ടുള്ളൊരു തമാശയാണ് അത് പണ്ട് ബ്രിട്ടീഷ് ഇതിലുണ്ടായിരുന്നതാണത്ര ബ്രിട്ടീഷ് ആർമിയിൽ രണ്ട് പേര് ഈ എന്താ പട്ടാളക്കാരായിട്ട് ജോലി ചെയ്യുക അപ്പം അതൊന്ന് ഇന്ത്യക്കാരനും ഒന്ന് പാക്കിസ്ഥാൻകാരനുമായിരുന്നു അപ്പം അന്ന് ഇന്ത്യ മാത്രമായിരുന്നുവല്ലോ പിന്നെ അവർ വലിയ സുഹൃത്തുക്കളാണ് അവർ വൈകുന്നേരങ്ങളൊക്കെ ഒരുമിച്ച് മദ്യം കഴിക്കുക അതൊരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല അവരെ സംബന്ധിച്ച് ആ കാലാവസ്ഥയിലും ഒരു ചായ കുടിക്കുന്നത് പോലെ അവരങ്ങനെ അങ്ങനെ ഇരിക്കും ഇന്ത്യ വിഭജനം വന്നു ഇന്ത്യ വിഭജനത്തിന് ശേഷം അവർ രണ്ട് രണ്ടായി അയാള് പാക്കിസ്ഥാൻ ആർമിയിൽ ചേർന്നു ഇദ്ദേഹം ഇന്ത്യൻ ആർമിയിലും ചേർന്നു പിന്നെ ഇദ്ദേഹത്തിന് ഈ സുഹൃത്തിനെ നഷ്ടപ്പെട്ടു ആളില്ല മദ്യം കഴിക്കാൻ പക്ഷേ അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവർ രണ്ടുപേരും ഈ രണ്ടുപേരും പണ്ട് എങ്ങനെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇയാൾ രണ്ട് ഗ്ലാസ്സിൽ കഴിക്കുന്ന അപ്പോൾ ആരോ ചോദിച്ചു എന്താ നിങ്ങൾ ഈ രണ്ട് ഗ്ലാസ്സിൽ കഴിക്കണം അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇതെൻ്റെ സുഹൃത്തിൻ്റെ ഓർമ്മയ്ക്കാണ് അവനും കൂടെ വേണ്ടിയിട്ട് ഞാൻ കഴിക്കുകയാണ് അങ്ങനെ പിന്നെ എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹം അങ്ങനെ രണ്ട് ഗ്ലാസ് എടുത്തു വെച്ച് രണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ ഒരു ദിവസം ഒരു ഗ്ലാസ് ആയി അപ്പോൾ ഈ ചോദിച്ചാൽ എന്ത് പറ്റിയിരുന്നു അത് ഞാൻ നിർത്തി മറ്റവൻ നിർത്തിയിട്ടില്ല ഞാൻ എത്ര ഉപദേശിച്ചിട്ടും അവൻ നിർത്തുന്നില്ല ഇത് ഇത്തരത്തിലാണ് നമ്മൾ എന്താ ന്യായീകരണങ്ങൾ നടത്തുക ധീരന്റെ ലക്ഷണമല്ല ഇതെന്ന് പറയാം ധീരൻ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചവന അതിലവന് അവൻ തന്നെയാണ് അതിൻ്റെ അധിപൻ എന്ന് പറയുക ധീര തുല്യനി തുല്യനിന്ദാത്മ സംസ്തുതിഹി നിന്ദയാവട്ടെ സ്തുതിയാവട്ടെ തന്നെ സംബന്ധിച്ച നിന്ദയിലും തന്നെ സംബന്ധിച്ച സ്തുതിയിലും താൻ ഒരുപോലെ കാണുന്നു എന്ന് പറയുക അതിനെ താൻ ഒരുപോലെ കാണുന്നു സ്തുതിച്ചവരോട് പ്രത്യേകിച്ച് സ്നിന്ദിച്ചവരോട് വേറൊരു പ്രത്യേക ഭാവമോ വെച്ചു പുലർത്താത്തവൻ ഗാന്ധിജിയിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം അതാണ് ഗാന്ധിജിക്ക് നമ്മളൊക്കെ ഗാന്ധിജിയുടെ ചരിത്രം പഠിച്ചത് പലപ്പോഴും ഗാന്ധിജി ബ്രിട്ടീഷുകാര് ഗാന്ധിജിയെ തൊഴിച്ചു എന്നും ആ തൊഴിച്ച സമയത്ത് അദ്ദേഹം ബ്രിട്ടീഷുകാരനോട് കാല് നൊന്തോ എന്ന് ചോദിച്ചത് സത്യം പറഞ്ഞ സ്വാമി അത് വായിച്ചതും അല്ലെങ്കിൽ പറഞ്ഞു തന്ന സമയത്ത് നമുക്ക് തോന്നിയത് ഗാന്ധിജി ബ്രിട്ടീഷുകാരനെ പരിഹസിച്ചതായിട്ടാണ് അദ്ദേഹം ഒരാളെയും പരിഹസിക്കില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ് പരിഹാ വേദനയിൽ നിന്ന് ഒരിക്കലും പരിഹാസം ഉണ്ടാവില്ല എന്നുള്ളതാണ് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാ ചോദിച്ചു അങ്ങയുടെ കാലുന്നൊന്തോന്നുള്ളത് ചൊഴിച്ച സമയത്ത് അത്ര അദ്ദേഹത്തിൻ്റെ സഹജമായ ഭാവമായിരുന്നു അത് അതുകൊണ്ട് അദ്ദേഹത്തിന് പരിഹസിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ തുല്യനിന്ദ സ്തുതി മൗനി അദ്ദേഹത്തിന് അറിയാം സ്തുതിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും ഒരുപോലെ അതുകൊണ്ട് ബ്രിട്ടീഷുകാരോട് ഒരു തരത്തിലുള്ള വിദ്വേഷം അവർക്കെതിരായിട്ട് യാതൊരു വിദ്വേഷ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഗാന്ധിജി നടത്തിയിട്ടില്ല സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ് ആ സ്വാതന്ത്ര്യം നാം നേടേണ്ടതുണ്ട് ഇത്തരത്തിൽ ഓരോരുത്തൻ്റെയും കർത്തവ്യത്തെ സ്വകർത്തവ്യത്തെയാണ് ഗാന്ധിജി എപ്പോഴും ഗാന്ധിജിയുടെ പ്രഭാഷണങ്ങളിൽ എന്താ പറയുക മുന്നിട്ട് നിന്നത് ഒരിക്കലും അദ്ദേഹം മറ്റുള്ളവർക്ക് മറ്റുള്ള പലരും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ശക്തമായിട്ട് അവർ എന്താ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളവരാ ഗാന്ധിജി അതിനു ശേഷവും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടും അതുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം വായിക്കുന്ന സമയത്ത് മൗണ്ട് ബാറ്റൺ വല്ലാതെ ഇരുന്ന് എന്താ പറയുക എ സി റൂമിൽ ഇരുന്ന് വിയർക്കുമ്പം എഡ്വിന മൗണ്ട് ബാറ്റൺ മൗണ്ട് ബാറ്റനോട് ചോദിക്കുക ഇന്ന് ആ വൃദ്ധൻ വരുന്നുണ്ടോ എന്ന് കാരണം നിങ്ങളെപ്പോഴൊക്കെ അസ്വസ്ഥ ചിത്തനായിട്ട് ഞാൻ കാണുന്നുവോ അപ്പോഴാ വൃദ്ധൻ്റെ വരവുണ്ട് എന്ന് എനിക്കറിയാവുന്ന അപ്പം മൗണ്ട് ബാറ്റൺ എഡ്വിനോട് പറയണു തുറന്നു വയ്ക്കണു അതെ അദ്ദേഹം വന്നാൽ എന്താണ് ചോദിക്കുക അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയാം മൗണ്ട് ബാറ്റിനെ സംബന്ധിച്ച് ആരെന്ത് നെഹ്റു വരുന്നതിന് അദ്ദേഹത്തിന് അതൊരു വിഷയമായിരുന്നില്ല നെഹ്റു വന്നാൽ എന്താ ചോദിക്കുക എന്നറിയാം നെഹ്റുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടോളും അത്രയേ ഉള്ളൂ കാരണം അവർ തമ്മിലുള്ള റിലേഷൻ അങ്ങനെയായിരുന്നു എന്ന് പറയുക പക്ഷേ ഇതങ്ങനെയായിരുന്നില്ല അദ്ദേഹത്തിന് ഭയമായിരുന്നു എന്താണ് ഗാന്ധിജി ചോദിക്കാൻ പോകുന്നത് അദ്ദേഹം അങ്ങനെ ഈ വെറി പിടിച്ച് നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് വളരെ ഭംഗിയായിട്ട് പറയാൻ സാധിച്ചത് വേറെ ആരോടെങ്കിലും ആയിരുന്നു എങ്കിൽ ഈ ചോദ്യം നെഹ്റുവിനോടായിരുന്നുവെങ്കിൽ നെഹ്റു പറയുമായിരുന്നു നാളെ ഞാൻ ലോകത്തെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് എൻ്റെ പ്രസംഗമുണ്ട് അതിൽ ഞാൻ പറയാമോ പക്ഷേ ഗാന്ധിജിക്ക് അതിൻ്റെ ആവശ്യമുണ്ടായില്ല അദ്ദേഹം ഉടനെ പറഞ്ഞു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ആ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് തന്നെ അദ്ദേഹം അല്ലാതെ തൻ്റെ ഈ പറഞ്ഞ എന്താ താൻ ഓരോ ഈ ഗീത ഗീത ഗീതയുടെ മറ്റൊരു തലം നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി വായിക്കുന്നു തമോ ഗുണം അധികരിച്ച സമയത്ത് താൻ ഏത് പ്രകാരത്തിലായിരുന്നു തൻ്റെ കരചരണങ്ങൾ പ്രവർത്തിച്ചതെന്നും തൻ്റെ വികാര വിചാരങ്ങൾ എന്തായിരുന്നുവെന്നും അദ്ദേഹം തുറന്നെഴുതിയിട്ടുണ്ട് അച്ഛൻ്റെ മരണ സമയത്ത് താൻ ഭാര്യയോടൊപ്പം കഴിയുന്ന ആ വേളയെക്കുറിച്ച് ഗാന്ധിജി എഴുതിയത് വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇത്ര തൻ്റെ ഇടത്തോടുകൂടിയോ ആരും എഴുതിയിട്ടില്ല അതൊക്കെ വായിക്കേണ്ടതാണ് നമ്മൾ എത്ര എന്തൊരു എത്ര നികൃഷ്ടനാണ് ഞാനെന്ന് സ്വയം സ്വയം പറയുക കാരണം ആ തമോ ഗുണത്തിൻ്റെ ആധിക്യത്തിൽ ആ ഗുണം വന്ന് ഗ്രസിച്ച സമയത്ത് ഞാൻ എങ്ങനെയാണ് പെരുമാറിയത് ആ അവസാന വേളയിൽ എനിക്ക് അച്ഛനോടൊപ്പം കഴിയാൻ എനിക്ക് സാധിച്ചില്ലല്ലോ അല്ലെങ്കിൽ ആ തൊട്ട് തൊട്ട് മുമ്പ് വരെ അതുവരെ അവിടെ ഇരുന്നിട്ട് മുറിയിലങ്ങനെ ഇരുന്നിട്ട് എത്രയും പെട്ടെന്ന് കസ്തൂർബയുടെ അടുത്തേക്ക് പോകണം എന്ന ഒരു അങ്ങേയറ്റത്തെ വിഷയ തത്പരനായി ജീവിതം കഴിച്ച ഒരാളായിരുന്നു കസ്തൂർബയിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് തുറന്നു പറഞ്ഞ ആളാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ മഹാത്മാവിൻ്റെ ലക്ഷണങ്ങളാണ് ഗീതയിൽ ഗീത സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അതുകൊണ്ടാണ് ആ ഗുണങ്ങളെയൊക്കെ അതിവർത്തിക്കാനും ഗുണാതീതനാവാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചത് എന്നവർ അപ്പോൾ പറയണു മാനാപമാനയോഹോ തുല്യ മാനാപമാനങ്ങളിൽ തുല്യനായി അദ്ദേഹത്തിന് ഏറ്റവും വേദന ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളാണ് അദ്ദേഹം വളരെ വേദനയോടുകൂടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നെ എൻ്റെ ആളുകൾ എന്താ പറയുക എന്നെ കബളിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് എപ്പോഴാണെന്നാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം യാത്ര ചെയ്യുന്നത് സെക്കൻഡ് ക്ലാസ്സിലാണ് സാധാരണക്കാരുടെ കൂടെ അപ്പോൾ ഈ സാധാരണക്കാരുടെ കൂടെ യാത്ര ചെയ്യാൻ നിർബന്ധിക്കുന്ന ഗാന്ധിജിയെ ആ ഭോഗിയിൽ മുഴുവൻ ഗാന്ധിജി അറിയാതെ ഈ സേവാ പ്രവർത്തകരെ അതായത് മറ്റുള്ള ആളുകളെ ഗാന്ധിജി ഗാന്ധിജിയെ കബളിപ്പിച്ചുകൊണ്ട് ഇവരൊക്കെ ഗ്രാമീണരാണ് എന്നുള്ള വേഷം കെട്ടിയ ആളുകളെ കുത്തി നിറച്ചിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നീട് അത് അദ്ദേഹം അറിഞ്ഞ അദ്ദേഹത്തിന് ഏറ്റ മുറിവ് അതായിരുന്നു എന്ന് പറയാ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് മാനവമാനയോ സർവാരംഭ പരിത്യാഗി എല്ലാ ഉദ്യമങ്ങളെയും ഉപേക്ഷിച്ചിട്ടുള്ളവൻ സർവാരംഭ പരിത്യാഗി എന്നത് ഭഗവാൻ പന്ത്രണ്ടാം അധ്യായത്തില് ഭക്തന്റെ ലക്ഷണമായിട്ട് പറഞ്ഞു എല്ലാറ്റിന്റെയും ആരംഭത്തിൽ ഞാൻ കർത്തൃത്വഭാവം അഹങ്കാരത്തെ പരിത്യജിച്ചിട്ടുള്ള സഗുണാതീത ആ ഗുണാതീതൻ സഗുണാതീത ഇതി ഉച്ച അവനെ സഹ അവൻ ഗുണാതീത ഗുണാതീതൻ എന്ന് പറയപ്പെടുന്നു സർവാരംഭ പരിത്യാഗി എല്ലാ ഉദ്യമങ്ങളെയും ഉപേക്ഷിച്ചിട്ടുള്ളവൻ സർവാരംഭ പരിത്യാഗി എന്നത് ഭഗവാൻ പന്ത്രണ്ടാം ഭക്തന്റെ ലക്ഷണമായിട്ട് പറഞ്ഞു എല്ലാറ്റിൻ്റെയും ആരംഭത്തിൽ ഞാൻ എന്ന കർത്തൃത്വഭാവം അഹങ്കാരത്തെ പരിത്യജിച്ചിട്ടുള്ള സഗുണാതീത ആ ഗുണാതീതൻ സ ഇതി ഉച്ച അവനെ സഹ അവൻ ഗുണാതീത ഗുണാതീതൻ എന്ന് പറയപ്പെടുന്നു നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ എന്താ പറയുക ഈ സൽഗുണസമ്പന്നൻ എന്നൊക്കെ പറഞ്ഞ ആരാണ് പേരൊക്കെ ഉണ്ടാവും സൽഗുണൻ എന്നൊക്കെ എന്താ അങ്ങനെയുള്ള പേരുകൾ ഉണ്ടല്ലോ എന്താ സൽഗുണൻ എന്നല്ല എന്താ സുഗു അതെ അതെ ഒരു സുഗുണൻ അദ്ദേഹത്തിന് കാലിന് മുട്ടിന് വേദനയാണ് ഇപ്പൊ ഡോക്ടർ ചോദിച്ചു എന്താ അതെ മുട്ടങ്ങോട്ട് വേദന എന്ന് പറഞ്ഞ ഓ നമ്മുടെ കാലങ്ങോട്ട് മുറിക്കുന്ന പോലത്തെ വേദന ഡോക്ടർ ചോദിച്ചു എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഒരാഴ്ച ആരെങ്കിലും കാണിച്ചോ ഇല്ല എന്തെങ്കിലും മരുന്ന് കഴിച്ചോ ഇല്ല സ്വയമായിട്ട് എന്തെങ്കിലും ചെയ്തോ ഇല്ല ഒന്നും ചെയ്തില്ല ഇരിക്കൂ മുട്ടുമടക്കൂ ഇല്ല അതെന്താ മുട്ടുമടക്കാത്തത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ മുന്നിലും മുട്ടുമടക്കരുത് പോയിക്കൊള്ളാൻ പറഞ്ഞു അച്ഛന്റെ അച്ഛനാ പറഞ്ഞതിനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന സുഗുണൻ എന്താ ഇങ്ങനത്തെ സുഗുണന്മാരെ കൊണ്ട് ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് വെറുതെ ഇങ്ങനത്തെ ഓരോ അച്ഛൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഞാൻ ഒരാളുടെ മുൻപിലും തല കുനിക്കില്ല ആകെ ഞാൻ ഒരാളുടെ മുൻപിലേക്ക് കുനിക്കുള്ളൂ ആരുടെയാ ബാർബറുടെ സ ഗുണാതീത ഇതേ ഉച്ചതേ അവൻ ഗുണാതീതൻ എന്ന് പറയപ്പെടുന്നു അപ്പം ഉദാസീനനെ പോലെ ഇരിക്കുന്നവനായിട്ട് ഗുണങ്ങളിൽ ഇളക്കമില്ലാ ഇളക്കമില്ലാത്തവനായി ഓർത്തുള്ള െ നമ്മള് സദാ അപ്പൊ ഗുണാതീതൻ എന്ന് പറഞ്ഞാൽ ആരാണ് അങ്ങേയറ്റത്തെ ശ്രദ്ധയുള്ളവനാണ് ആരില് എന്നിൽ എന്ന് പറയാം ഇതാ എന്നിൽ ദേഷ്യം വന്നു ഇതാ എന്നിൽ ഇന്നത് വരുന്നു ഇതാ ഞാൻ ഇതാ ഇതാ ഇതാ ഈ ഗുണങ്ങൾ ഇങ്ങനെ വരുന്നു അതറിയുന്നവനാ ഗുണാതീതൻ അപ്പൊ ഗുണങ്ങളെ അതിവർത്തിച്ചവൻ അതുകൊണ്ട് ഗുണാതീതന്റെ ലക്ഷണങ്ങളെ ഭഗവാൻ വീണ്ടും उपदेश भक्ति मह अव्यचारेण भक्ति सेवते स गुणा सतीताय കൽപതേ ഏതാൻ ഗുണാൻ സമതീത്യ ബ്രഹ്മഭൂയായ കൽപ്പതേ യഹ യാതൊരുവൻ മാം എന്നെ എന്നെ എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ ബോധസ്വരൂപനെ അവ്യഭിചാരേണ മുൻപ് പറയപ്പെട്ടിട്ടുള്ള ആശയമാണ് അവ്യഭിചാരേണ എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാത്ത എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകാത്ത ഉറച്ചു നിൽക്കുന്ന ഭക്തിയോഗേന ഭക്തിയോഗം കൊണ്ട് ഒരധ്യായം ഭക്തിയോഗം ആയി അവതരിപ്പിച്ചു ആ ഭക്തിയോഗം കൊണ്ട് സേവതേ സേവിക്കുന്നുവോ ഭഗവാനെ സേവിക്കല ഭജ് സേവായം എന്ന തന്നെ സേവ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സേവയല്ല സേവ ഭജ് സേവ സേവനം എന്ന് പറയും അത് എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത് സേവനത്തിൻ്റെ നവധാ ഭക്തി എന്ന് പറയും ഒൻപത് ഭക്തി ഒൻപത് പ്രകാരത്തിൽ ഭക്തിയോഗത്തിൽ അത് കണ്ടുനാ തോന്നണത് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇത്തരത്തിലൊക്കെ ഭക്തിയോഗേന സേവതേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭക്തിയോഗത്തിൻ്റെ സേവനമാണ് അവൻ സഹ അവൻ ഏതാൻ ഗുണാൻ സമതീത്തിയ ഏതാൻ ഗുണാൻ ഈ ഗുണങ്ങളെ സമതീത്തിയ നല്ലവണ്ണം കടന്നിട്ട് അതിവർത്തിച്ച് ബ്രഹ്മഭൂയായ കൽപ്പതേ ബ്രഹ്മഭാവത്തിന് കൽപ്പതെ അർഹനായി തീരുന്നു യഹ മാം അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഹ ഏതാൻ ഗുണാൻ സമതീത്യ ബ്രഹ്മഭൂയായ കൽപ്പതേ അവൻ ആ ബ്രഹ്മപ്രാപ്തിക്ക് യോഗ്യനായി ഭവിക്കണോ ആരാണ് ഭക്തിയോഗത്തിൽ എന്നെ ഉപാസിക്കുന്നവൻ പറയും തുടർന്ന് ണോ ഹി പ്രതിഷാഹ്യയശ്വത സുഖാന്തിക തീമദ്ഭഗവത്ഗീതുനിഷത്സു ब्रह्मशास्त्रे श्रीकृष्ण संवाद गुण चतुर्दशोध्या ब्रह्मण हि प्रदाह अमृत अव्यय से शाश्वत चर्म से सुख से ऐगा च പറയണു ഹി എന്തുകൊണ്ടെന്നാൽ അഹം ബ്രഹ്മണഹ പ്രതിഷ്ഠ അഹം ഞാൻ പരമാത്മാവ് നമ്മുടെയൊക്കെ സ്വരൂപം ബ്രഹ്മണഹ ബ്രഹ്മത്തിൻ്റെ പ്രതിഷ്ഠ ഇരിപ്പിടമാണ് നമ്മുടെയൊക്കെ ഇരിപ്പിടം എന്താണ് ബ്രഹ്മമാണ് അതിൽ കുറഞ്ഞ ഒന്നുമല്ല എന്ന് പറയാം അപ്പം ബ്രഹ്മമാകുന്ന ഇരിപ്പിടത്തിലാണ് ഇരിക്കേണ്ടത് അതെങ്ങനെയായിരിക്കുക എന്നാണെങ്കിലോ നാലാം അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഭുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എല്ലാം ബ്രഹ്മപൂജയാക്കുക അപ്പൊ ഞാൻ ബ്രഹ്മമാണ് അഹം ബ്രഹ്മണ പ്രതിഷ്ഠ ഞാൻ ബ്രഹ്മത്തിൻ്റെ ഇരിപ്പിടമാണ് ശാശ്വത ധർമ്മസ്യ ശാശ്വതമായ അനാദി കാലം മുതൽ ഇന്നും നിലനിന്നു പോരുന്ന ധർമ്മസ്യ ധർമ്മത്തിൻ്റെ ധരിച്ചിരിക്കുന്നത് ധർമ്മം ധർമ്മത്തിൻ്റെ ഐകാന്തികസ്യ സുഖസ്യ നിത്യമായ സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അവ്യയസ്യ അമൃതസ്യ നാശമില്ലാത്ത എന്താ അമൃതൻ്റെയും മോക്ഷത്തിൻ്റെയും പ്രതിഷ്ഠ ഞാൻ പ്രതിഷ്ഠയാണ് ഇരിപ്പിടമാകുന്നു എന്ന് പറയുക അപ്പം മൂന്ന് ഗുണങ്ങൾ ആ ഗുണങ്ങൾ എങ്ങനെയാണ് ഓരോ ജീവനെയും സ്വാധീനിക്കുന്നത് ആ സ്വാധീനത്തിനനുസരിച്ച് എങ്ങനെയാണ് ഓരോ ജീവനും ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ എന്തു വേണം നാം ഓരോരുത്തരും ഗുണാതീതന്മാരായി തീരണം ഇതാണ് ഭഗവാൻ പറയുന്നത് ഇനി ഗുണാതീതനായിട്ട് എപ്പോഴും ഗുണാതീതനായിട്ടിരിക്കണോ നേരത്തെ പറഞ്ഞൊരു ചോദ്യം ഓർമ്മയുണ്ടല്ലോ അല്ലെ മറവി വന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത് സ്വൽപ്പപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ ഭഗവാൻ പറഞ്ഞിട്ടുള്ള അർജുനൻ ചോദിച്ചിട്ടുള്ളതാണ് ഭഗവാനെ ചിന്നാഭ്രമിവ നശ്യതി മേഘം കണക്ക് പെയ്തിറങ്ങാൻ പറ്റാതെ നശിക്കില്ലേ എന്ന് ഭഗവാൻ എന്താ അതിന് ഉത്തരം പറഞ്ഞത് ഒരിക്കലും ഇല്ല അർജുന യോഗിനാം യോഗികളുടെ കുലേ ഭവതി കുലത്തിൽ ജനിക്കും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിനക്ക് പ്രത്യവായ ദോഷമോ അഭിക്രമ നാശമോ സംഭവിക്കില്ല തുടങ്ങിവെച്ചതിൻ്റെ നാശം പൂർത്തീകരിക്കാത്തതിൻ്റെ ഇല്ലേ രണ്ട് ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു പ്രത്യവായവും അഭിക്രമ നാശവും ഒരു കൃഷി ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ മുളച്ചു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ അത് നശിച്ചു പോവും അതുപോലെ അസുഖം വന്നാൽ മരുന്ന് കഴിക്കേണ്ടതുണ്ട് പക്ഷെ മരുന്ന് മാറിക്കഴിച്ചാലുണ്ടാവുന്ന ദോഷം അല്ലേ സംരക്ഷിക്കാതിരുന്നാലുള്ള ദോഷം ഇത്തരത്തിലുള്ള രണ്ട് ദോഷങ്ങളും സംഭവിക്കുന്നതല്ല ഈ വിഷയത്തിലെന്നും തുടങ്ങിവെച്ച് തുടങ്ങിവെക്കുന്നത് തന്നെ വലിയ കാര്യമെന്നും പാവികളുടെ പാവി ഈ വഴിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ സാധുരേവസ മന്ദവ്യഹ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ചോദ്യം അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ സംശയങ്ങളൊക്കെ അവിടെ തീർന്ന് കഴിയണം സംശയത്തിൻ്റെ ഒരു ഒരൊരൽപ്പം പോലും സാധ്യതയില്ല മൂന്നാം പതിനാലാം അധ്യായം ഗുണത്രയ വിഭാഗ യോഗത്തിൽ എങ്ങനെയാണ് ഈ ഗുണങ്ങൾ മൂന്ന് ഗുണങ്ങളും നമ്മിൽ അതുമായിട്ടുള്ള യോഗം അതുമായിട്ടുള്ള വിയോഗം ഇതാണ് ഭഗവാൻ പറഞ്ഞത് യോഗവും വിയോഗവും ഗുണാതീതൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള വിയോഗിയാണ് യോഗത്തെ അതിക്രമിച്ചവനാണ് എന്നിട്ടാ ബ്രഹ്മഭാവത്തിൽ ഞാനായി നിലകൊള്ളാൻ പറഞ്ഞു തുടർന്ന് പതിനഞ്ചാം അധ്യായം പുരുഷോത്തമ യോഗം